നമ്മുടെ ലോകത്തിൽ ഒന്നേ അറിയാനുള്ളൂ മരണം മരണം അറിഞ്ഞാ പിന്നെ അമൃതനായി മരണം അറിഞ്ഞിട്ടില്ലെങ്കിൽ അമൃതനായി അപ്പൊ തന്റേതല്ലാത്തതാക്കി വെച്ചിട്ടുള്ളവൻ ഇതൊന്നും എന്റേതല്ല എന്ന് ആരറിയുന്നു ബഹിർമുഖതാം ഉപേക്ഷ്യ ബാഹ്യമായിട്ടുള്ളതിൽ ഞാനെന്നോ എന്റേതെന്നോ ഉള്ള ബുദ്ധി ആർക്കാണോ ഇല്ലാത്തത് അവനാണ് സഞ്ജയൻ അവനോടാണ് ചോദിച്ചത് അവനാണ് ഗീത പറയുന്നത് തുടർന്ന് സഞ്ജയനിലൂടെയാണ് നാം ഭഗവത്ഗീത കേൾക്കുക സഞ്ജയ ഉവാച എന്താണ് സഞ്ജയൻ പറയുന്നത് സഞ്ജയ ഉ ുര്യോധന രാജാവചന അപ്പൊ ധൃതരാഷ്ട്രന്റെ ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് സഞ്ജയൻ അപ്പൊ അജ്ഞാനി അജ്ഞാനി എന്ന് പറഞ്ഞാൽ വളരെ മോശക്കാരൻ ധരിക്കരുത് ഇതൊക്കെയാണ് നമ്മുടെ കുഴപ്പം നമ്മൾ ചില പദങ്ങളിൽ പോയി പെട്ടുകഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അത് നേണീറ്റ് വരില്ല അജ്ഞാനി എന്ന് പറഞ്ഞ ഓ സ്വാമി ഒന്നിനും കൊള്ളാത്തവൻ അല്ലേ അങ്ങനെയല്ല അറിവില്ലാത്തവൻ എന്നാൽ അറിവുണ്ട് അറിവുണ്ട് തികഞ്ഞ അറിവ് അച്ഛനോട് പറഞ്ഞല്ലോ അച്ഛ അച്ഛൻ എന്തൊക്കെ അറിയാം അതെനിക്കും അറിയാം പക്ഷെ എന്താ ചെയ്യുക ലോകം എങ്ങനെയായതുകൊണ്ട് ഞാനും അങ്ങനെയായി ഇതാണ് ഇതാണ് അവസ്ഥ അതായത് വ്യക്തമായ സത്യബുദ്ധി മനസ്സിലാക്കിക്കോളുക വ്യക്തമായ സത്യബുദ്ധി അതിലെന്തെങ്കിലും സംശയമുണ്ടോ ഇല്ല പക്ഷേ പ്രാവർത്തികമാക്കാൻ പറ്റായിക ആ നിസ്സഹായത അതിൽ നിന്നാണ് ഇതാ ഇവിടേക്ക് വന്നത് എവിടെ സഞ്ജയനിലേക്ക് ഇതൊരു പരിണാമമാണ് ഇങ്ങനെ പരിണമിക്കണമെങ്കിൽ എന്തുവേണം ചോദിക്കണം ഞാൻ എന്നോട് ചോദിക്കണം എന്താണ് എങ്കിൽ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്നാം അധ്യായം മെഡിറ്റേഷനാണ് ധ്യാനം ഇതാണ് ഇവിടുത്തെ യുദ്ധം പറയുന്നു സഞ്ജയൻ സഞ്ജയ ഉവാച സമ്യക്കാകും വണ്ണം ജയിച്ചിട്ടുള്ള സഞ്ജയൻ പറയുന്നു ദൃഷ്ടീകം വ്യൂഢം ദുര്യോധന തഥ ആചാര്യം ഉപസംഗമ്യ രാജ വചനം അബ്രവീ ദൃഷ്ട ദൃഷ്ട എന്ന് കണ്ടിട്ട് ആരെ കണ്ടിട്ട് പാണ്ഡവാനീകം പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ഇപ്പൊ മഹാഭാരതത്തിൽ പതിനെട്ട് അക്ഷൌഹിണി പട അണിനിരന്നിട്ടാണ് യുദ്ധം എല്ലാം എന്താ വളരെ ആലങ്കാരികമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാം പതിനെട്ടാണ് പതിനെട്ട് ദിവസം യുദ്ധം പതിനെട്ട് അക്ഷൗഹിണി പതിനെട്ട് പർവങ്ങൾ ഭഗവത്ഗീതയിൽ വന്നു കഴിഞ്ഞാൽ പതിനെട്ട് അധ്യായങ്ങൾ ഒരു പതിനെട്ടിന്റെ ഒരു ആധ്യാത്മിക നമ്പറാണ് പതിനെട്ട് ശബരിമലയ്ക്ക് പതിനെട്ട് പടി ഇല്ലേ അത് ഇതിൽ നിന്നൊക്കെ പിന്നീടുണ്ടായിട്ടുള്ളതാ പതിനെട്ട് പുരാണം പതിനെട്ട് മഹാപുരാണം ഉപപുരാണം പതിനെട്ട് പതിനെട്ട് മഹാപുരാണം അങ്ങനെ ഒരു പതിനെട്ടിന് ഒരു സവിശേഷമായിട്ടുള്ള ഒരു നമ്പറാണ് പതിനെട്ട് അപ്പൊ പതിനെട്ട് അക്ഷോഭിണി അതിൽ ഭഗവാന്റെ അക്ഷോഹിണി കൂടെ ചേർത്തിട്ട് കൗരവന്മാർക്ക് പതിനൊന്നാണ് കൗരവന്മാർക്ക് പതിനൊന്ന് ഏഴെണ്ണാണ് പാണ്ഡവന്മാർക്ക് എണ്ണത്തിൽ കുറവാണ് പാണ്ഡവന്മാർക്ക് സൈന്യം അപ്പൊ ഈ ഏഴും പതിനൊന്നും തമ്മിലാണ് യുദ്ധം ഇതും വളരെ പ്രതീകാത്മകമായിട്ടുള്ളതാണ് പതിനൊന്ന് എന്ന് പറഞ്ഞാൽ പത്ത് ഇന്ദ്രിയങ്ങളും ശബ്ദ സ്പർശ രസ രൂപ ഗന്ധ ഇതറിയുന്ന കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചും പിന്നെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ വാക്ക് ണി പാത പായു ഉപസ്ഥം എന്ന് പറയും എന്ന് പറഞ്ഞാൽ കൈ രണ്ട് കാല് പിന്നെ വാക് വാക് ഇന്ദ്രിയം വാഗേന്ദ്രിയം പിന്നെ പായു ഉപസ്തം മലമൂത്ര വിസർജനാദികൾ ചെയ്യുന്ന ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന മനസ്സ് ഇതാണ് പതിനൊന്ന് ഏകാദശം ഇവിടെയോ ഏഴ് അതെന്താ ഇവിടെ ഏഴ് ഇവിടെ ഈ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും വിഘടിച്ചു നിൽക്കുന്നത് വേറെ നിൽക്കുന്നത് ബുദ്ധിയുടെ അഭാവത്തിലാണ് ഇതിൻ്റെ സമന്വയം സാധ്യമാകാതെ വരുന്ന സമയത്ത് ഇത് വിഘടിച്ചു നിൽക്കും അപ്പൊ ഇവിടെ ഭഗവത് സാന്നിധ്യം കൊണ്ട് ഭഗവാൻ അതാണ് നിരായുധനായിട്ട് നിൽക്കുന്നത് ഇവിടെ ഭഗവാന്റെ യുദ്ധങ്ങളൊന്നുമില്ല ഈ വാഹനം അതൊന്നുമില്ല ഭഗവാൻ നിരായുധനാണ് അപ്പൊ ഇവിടെ ആരുണ്ട് ഈ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ചാണ് എന്തുകൊണ്ട് മനസ്സും ബുദ്ധിയും മനസ്സിനോടൊപ്പം ബുദ്ധിയും നിൽക്കുന്നു ബുദ്ധിസ്ഥാനീയനായിട്ട് ഭഗവാൻ അർജുനന്റെ തേർതെളിക്കാൻ നിൽക്കുന്നുണ്ട് രഥകൽപ്പന നമ്മൾ പഠിക്കും ആത്മാനം രഥിനം വിദ്യ എന്ന് തുടങ്ങുന്ന രഥകൽപ്പന എല്ലാം മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് സ്വാമി മനസ്സിലാക്കാൻ ശ്രമം നടത്തും എന്നിട്ട് ഇവിടുന്ന് പോയുള്ളൂ നൂറ്റിയെട്ട് ദിവസം ഉണ്ട് പേടിക്കേണ്ട നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെ എണ്ണണ്ട ഈ ഒരു സ്വാമി ഇതിപ്പോ ഒരു ശ്ലോകമായിട്ട് സ്വാമി ഇരിക്കാൻ തുടങ്ങി അപ്പൊ അത് എഴുന്നൂറ്റിയൊന്ന് ശ്ലോകം വേണം എഴുന്നൂറ്റിയൊന്ന് ദിവസം അതൊക്കെ സ്വാമിക്ക് വിട്ട് എന്നേക്കൂ നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായല്ലോ അങ്ങനെ വന്നുവല്ലോ സമയം നമുക്ക് മനസ്സിലാക്കി പോവാം ഈ ശാസ്ത്രം നമ്മെ അനുഗ്രഹിക്കും ഒരു സംശയവും വേണ്ട ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കൊന്നും വേണ്ട ഇനി ഞാൻ കണ്ണാടി നോക്കില്ല പൗഡർ ഇടില്ല ഓ നല്ല സാരി ഉടുക്കില്ല ഒന്നുമില്ല നിങ്ങൾ പഴയതിനേക്കാൾ കുറേ കൂടെ നന്നാവും അതെ കുറച്ചുകൂടെ മാറ്റമൊക്കെ ഉണ്ടാവും ബ്യൂട്ടി പാർലറിൽ പോവാതെ തന്നെ ആളുകൾ പറയാൻ തുടങ്ങും തിരക്കിടില്ല എപ്പം സംശയൊന്നും വേണ്ട അങ്ങനെ അതിനു വല്ല പ്രമാണമുണ്ടോ എന്ന് ചോദിച്ചാൽ വാസിഷ്ഠത്തില് രാമനോട് വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വസിഷ്ഠൻ ഒരു രാജാവിന്റെയും രാജ്ഞിയുടെയും കഥ പറയുന്നുണ്ട് ചൂടാലയുടെയും ശിഖിധ്വജന്റെയും ശിഖിധ്വജൻ എന്ന രാജാവ് ചൂടാല എന്ന രാജ്ഞി പത്നി ഒരുമിച്ച് ഗുരുമുഖത്ത് നിന്ന് ശാസ്ത്രം കേൾക്കുന്നു കേട്ട ശാസ്ത്രത്തെ ചൂടാല മനനം ചെയ്യുന്നു ചൂടാലയ്ക്ക് ഉറപ്പുവരുന്നു ഞാൻ ആ സത്യമാണ് എന്ന് ചൂടാല രാത്രി ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ധ്യാനിച്ച് ഉറപ്പുവരുത്തും അപ്പൊ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വെറും ധ്യാനമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകും എന്ന് ഏതായാലും ചൂടാല താൻ ഈ ഗുരു പറഞ്ഞ ശരീരമനോബുദ്ധി ഉപാധികൾക്കപ്പുറത്തുള്ള ബോധമാണ് എന്ന് ഒഴിവുവേളയിലൊക്കെ അവർ ശാന്തമായി ഇരുന്ന് മനനം ചെയ്തു ശിഖിദ്വജന് ചോദിക്കുകയാണ് ഒരു ദിവസം വാശിഷ്ടത്തിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നീ എന്താ പഴയതിനേക്കാൾ സുന്ദരിയായിട്ടിരിക്കുന്നത് എന്നാൽ ഞാൻ എന്നെ നോക്കുമ്പോൾ എനിക്ക് വലിയൊരു എന്താ പറയുക ആരോഗ്യത്തിന് അത്ര ഞാൻ വയസ്സായിക്കൊണ്ടിരിക്കുന്നു നീ ഇതാ യുവത്വം പ്രാപിച്ചിരിക്കണം എന്താണ് ഇതിന്റെ രഹസ്യം അപ്പൊ അവർ പറയും ഞാനിതാ ധ്യാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ആ സത്യമാണ് ഞാൻ ശരീരമല്ല എന്നൊക്കെ പറയുമ്പം ചികിത്വം പറയും നിനക്ക് വട്ടാണ് അതെങ്ങനെ തന്നെയാണ് പറയുന്നത് നിനക്ക് വട്ടാണ് ഇത് നീ പണ്ടും ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് ഒരാചാര്യൻ യോഗവാസിഷ്ടം വ്യാഖ്യാനിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുമ്പോൾ അതായത് സ്ത്രീകളിൽ നിന്ന് സത്യം അറിയാൻ തയ്യാറാവാത്ത താഴ്മയില്ലാത്ത ആ ഒരു വിനയാന്വിതമല്ലാത്ത പുരുഷ മനസ്സിന്റെ പ്രകടമായ ഭാവമാണ് അത്ര അവിടെ വാശിഷ്ടത്തിൽ കാണിച്ചു തരുന്നത് പറയൂ സ്വാമി അങ്ങനെ തന്നെ പറയും എന്തുകൊണ്ടെന്നാൽ യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറഞ്ഞു ആത്മാവാരെ ോതവ്യോ മന്ദവ്യോ നിതിധ്യാസിതവ്യ എടോ മൈത്രയി ആത്മാവിനെയാണ് കേൾക്കേണ്ടത് മനനം ചെയ്യേണ്ടത് ബോധിക്കേണ്ടത് എന്ന് ഭർത്താവ് പറഞ്ഞ സമയത്ത് ആമേൻ എന്ന് പറഞ്ഞു ആര് മൈത്രയി പിന്നെ സംശയമൊന്നും ഉണ്ടായിട്ടില്ല കൂടെ ഇറങ്ങി എന്നാണ് അങ്ങ് പറയുന്നത് ഞാൻ ശ്രദ്ധ ഞാൻ അപ്പൊ അങ്ങനെ ആ പറയുന്നത് വലിയ വിഷമം ചീകിത്വജനെ വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കി ന ചൂടാല ഉം ഉം എന്തിന് പറയുന്നു ചൂടാലയ്ക്ക് പല യോഗസിദ്ധികൾ കൈവരിച്ച് ചൂടാല വേഷം മാറി ഒരു യോഗിയുടെ വേഷത്തിൽ ചെന്നിട്ടാ ഈ രാജാവിനെ സത്യം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി അതിലേക്ക് കൊണ്ടുപോയത് എന്നാ അവർക്ക് വേഷം മാറേണ്ടി വന്നു എന്നൊക്കെ പറയുന്നു ആ സൃഷ്ടം അപ്പം മനസ്സ് ബുദ്ധി അഞ്ച് ഈ ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അപ്പൊ ഈ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഏകഭാവത്തിൽ നിൽക്കുന്ന വേളയിൽ ഇവിടെ ഭഗവാൻ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഏഴ് അക്ഷൗഹിണിയാണ് മറ്റതോ ഈ പതിന അവിടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല ബുദ്ധിസ്ഥാനീയനായിട്ട് ആരുമില്ല അതുകൊണ്ട് യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതാണ് ഏഴും പതിനൊന്നും അങ്ങനെ നോക്കുമ്പം നല്ല രസമാണ് ഈ അക്ഷൗഹിണി അക്ഷാണാം രഥാനാം ഊഹിനി അക്ഷൗഹിണീ ഇതിന്റെ കൂടി ചേർന്നിട്ടുള്ള സമഞ്ജസമായിട്ടുള്ള ഭാവം നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് ബൈനോക്കുലർ നമ്മുടെ ഉള്ളിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെ നിൽക്കണം അടികൂടാനായിട്ട് പറയുന്നുണ്ട് ദൃഷ്ടുവാത്തു പാണ്ഡവാനീകം ദൃഷ്ടുവാ കണ്ടിട്ട് പാണ്ഡവാനീകം പാണ്ഡവ സൈന്യത്തെ പാണ്ഡവന്മാർ വിന്യസിച്ചിരിക്കുന്ന സൈന്യത്തെ അതും വളരെ ആലങ്കാരികമാണ് പത്മവ്യൂഹമാണ് അവർ ചമച്ചത് പത്മവ്യൂഹം പത്മം അത്യുദാത്തമായ ഒരു പ്രതീകമാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി നിസ്സംഗതയുടെ പ്രതീകം അപ്പൊ നിസ്സംഗത നിസ്സംഗതയിലാണ് സൈന്യത്തെ ഉറപ്പിച്ചിരിക്കുന്നത് അതായത് ഇന്ദ്രിയങ്ങളാണ് മറ്റതോ ഗരുഡനെ പോ ഗരുഡ ഗരുഡനെ പോലെയാണ് അത്ര കഴുകനെ പോലെ ഗരുഡവ്യൂഹമാണ് ഗരുഡനല്ല കഴുകന ഗരുഡൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വാഹനമായി കഴുകനെ പോലെ അങ്ങനെ അതിൻ്റെ ആ തലയുടെ ഭാഗത്ത് കൊണ്ടുപോയിട്ടാണ് ഭീഷ്മരെ നിർത്തിയതെന്ന് കഴുകന്റെ എന്താണ് ഈ ദ്രന്യ ധാതുവിന് തന്നെ ദൃ കഴുകൻ എന്നാണ് ദൃന്യ ധൃതരാഷ്ട്ര എന്ന് പറയില്ലേ അള്ളിപ്പിടിക്കുന്നത് എന്നാണ് ദൃ പിടിക്കുന്നത് അപ്പൊ സംഘം സംഘവും നിസ്സംഗവും എങ്ങനെയാണ് സംഘത്തെ നേരിടേണ്ടത് നിസ്സംഗത കൊണ്ട് അതുകൊണ്ടാ വൈരാഗ്യം എന്ന് പറഞ്ഞു വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിശേഷേണ രാഗ വികത രാഗ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണമുള്ള രാഗം പോയിട്ടുള്ള രാഗം നല്ല രസമല്ലേ പത്മവ്യൂഹം ചമച്ചു എന്ന് പറയുന്നത് താമര പോലെ സൈന്യത്തെ നിർത്തി നിസ്സംഗതയാൽ നിലകൊണ്ടു യുദ്ധത്തിനായിട്ട് അപ്പൊ ഈ പല യുദ്ധങ്ങൾ നടക്കുമ്പോ നാം നമ്മുടെ സൈന്യം ഏത് പ്രകാരത്തിൽ അണിനിരത്തണം പത്മവ്യൂഹം ചമയ്ക്കണം അല്ലാണ്ട് കഴുകനെ പോലെ അല്ല ചമയ്ക്കേണ്ടത് എന്ന് പറയും ആ പത്മവ്യൂഹത്തെ കണ്ടിട്ട് ദൃഷ്ടുക കണ്ടിട്ട് പറയുന്നു തഥാ രാജാ ദുര്യോധന ഇവിടെ വ്യാ വ്യാസൻ അറിഞ്ഞു തന്നെയാ പറഞ്ഞത് തദാ അപ്പോൾ രാജാ ദുര്യോധന രാജാവായ ദുര്യോധനൻ ഇതൊരു തെറ്റായ പ്രയോഗമാണ് ദുര്യോധനൻ രാജാവല്ല പക്ഷെ എന്നാലും ദുര്യോധനന്റെ വിചാരം താൻ രാജാവാണ് എന്ന അഹങ്കാരം വന്നു കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും അത്ര ഞാനാണ് കേമൻ എന്ന് കോന്യോസ്മി സദൃശാമയ ഭഗവാൻ പറയുന്നുണ്ട് എനിക്ക് സദൃശനായിട്ട് വേറെ ആര് അഹം ഭോക്ത ഞാൻ ഭോക്താവാണ് അഹം കർത്ത അഹം കർത്ത ഞാൻ കർത്താവാണ് അഹം സുഖി ഞാൻ സുഖിമാനാണ് അഹം ലോഭി ഞാൻ ലോഭിയാണ് ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഇന്ന് ഞാൻ അവനെ ശരിയാക്കിയിട്ടുണ്ട് നാളെ ഞാൻ മറ്റവനെയും ശരിയാക്കും എന്നാൽ അവൻ വധിക്കപ്പെട്ടു നാളെ കുറച്ചുപേരെ ഞാൻ ലിസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ശരിയാക്കി കൊടുക്കാം ഞാൻ ഒന്ന് കറക്കിയ മതി എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ഒരു എസ് എം എസ് മതി എന്ന അവനാ കത്താവും രാജാവെന്ന ഭാവത്തിൽ അവനങ്ങനെ നിന്ന് അങ്ങനെയാണ് ചില സമയത്ത് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഒക്കെ ആരെങ്കിലുമൊക്കെ വാഗയിലൊരു അമ്മാമ്മം പോലീസായാൽ മതി നമുക്കൊരു വല്ലാത്തൊരു ഭയങ്കര പക്ഷെ എല്ലാവർക്കും അറിയാം എത്രത്തോളം ഉണ്ട് ഇയാൾക്ക് കഴിവെന്ന് അങ്ങനെ അവർക്കെല്ലാം ഒരാള് കാർ ഓടിച്ചു പോകുമ്പോ പിടിച്ചു പോലീസ് പിടിച്ചു അപ്പോ ഒരു അമ്മയാണ് ഒരു സ്ത്രീ ആ വണ്ടി ഓടിച്ചു പോകാൻ അപ്പൊ അദ്ദേഹം പറഞ്ഞു ലൈസൻസ് എടുക്കാൻ പറഞ്ഞു അപ്പൊ ഇവര് ആദ്യ ഗ്ലാസ് താഴ്ത്താതെ അങ്ങനെ നിൽക്കുക താഴ്ത്താൻ പറഞ്ഞു പിന്നെ താഴ്ത്തി എടുക്കാൻ അപ്പോഴേക്ക് ഇവര് ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി ഞാൻ അതാണ് ഇതാണ് അവരാണ് അവരറിയോ ഇവരെ അറിയോ എന്നൊക്കെ അപ്പൊ ഇദ്ദേഹം ചോദിച്ചു നിങ്ങക്ക് പി സി വേലൈതനെ അറിയുമെന്ന് അമ്മ പറഞ്ഞു ഇല്ല അത് ഞാനാണ് എന്നെ അറിഞ്ഞിട്ട് അറിയാം അപ്പൊ വെറുതെ നമ്മള് അതാണ് ഇതാണെന്നുള്ള ഈ അഹങ്കാരം ഒന്നും വേണ്ട നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു വകയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണെന്നില്ലാത്തൊരു അഹങ്കാരം ഇവിടെ വ്യാസൻ കാണിച്ചു തരുന്നത് അങ്ങനെയാണ് രാജാവ് രാജാവാണ് താൻ എന്ന മട്ടിലാണ് ഇതാ എന്താ രാജാവ് എന്ന് പറയുന്നത് ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് വേണം ഇപ്പൊമാരിയൊക്കെ ശരിയാക്കാൻ എന്ന മട്ടില്ല രാജാ ദുര്യോധന ആചാര്യം ഉപസംഗമ്യ ആചാര്യനെ സമീപിച്ചിട്ട് വചനം അബ്രവീത് വാക്കിനെ പറഞ്ഞു ഈ വരാൻ പോകുന്ന ശ്ലോകം ദുര്യോധനൻ പറയുന്ന പക്ഷെ അത് ഗീതയിൽ അങ്ങനെ ദുര്യോധന ഉവാച എന്ന് കാണില്ല അതുകൊണ്ട് സഞ്ജയനിലൂടെ കേൾക്കുകയാണ് അത് അപ്പൊ സഞ്ജയൻ നാൽപ്പത് ശ്ലോകങ്ങളും അർജുനൻ എൺപത്തി ആറ് ശ്ലോകങ്ങളും ഭഗവാൻ അഞ്ഞൂറ്റി എഴുപത്തി നാല് ശ്ലോകങ്ങളും സഞ്ജയ് ധൃതരാഷ്ട്രൻ ഒരു ശ്ലോകത്തെ ഇത്രയാണ് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളുടെ കിടപ്പ് ഭഗവത്ഗീതയെ നമുക്ക് പല പ്രകാരത്തിൽ സമീപിക്കാം ഒന്ന് ചരിത്രപരം രണ്ട് ഭക്തിപരം മൂന്ന് ഭാഷാപരം തത്വചിന്താപരം ചരിത്രപരം എന്ന് പറഞ്ഞാൽ ഏത് കാലത്താണ് ഗീത സംഭവിച്ചത് ആ കാലത്തെ ജനങ്ങളുടെ ജീവിത രീതി അവർ കഴിച്ചിരുന്ന ആഹാരം അവരുടെ വസ്ത്രധാരണം ഇത്യാദി കാര്യങ്ങളൊക്കെ ചരിത്രപരമായിട്ടുള്ള വിഷയങ്ങളാണ് ഭഗവത്ഗീതയെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കിക്കാണാം മഹാഭാരതത്തിൽ അതിനേറെ സാധ്യതകളുണ്ട് അത്തരം ചരിത്രപരമായ അന്വേഷണം യാതൊന്നിനു വേണ്ടിയിട്ടാണോ വ്യാസഭഗവാൻ ഈ ഗീതയെ അർജുന ഭഗവാൻ സംവാദമായിട്ട് നരനാരായണ സംവാദമായി ഇതിൽ ഘടിപ്പിച്ചത് ആ ലക്ഷ്യം അല്ലെങ്കിൽ വ്യാസരെന്തൊന്നിനെ ലക്ഷ്യമാക്കുന്നുവോ അത് നിറവേറപ്പെടാതെ പോകുമെന്ന് പറയാം ചരിത്രപരമായി ഇതിനെ സമീപിക്കുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുരുക്ഷേത്ര ഭൂമിയിലേക്കൊക്കെ പോവാം എവിടെയാണ് എന്താണ് എന്നൊക്കെ അന്വേഷിച്ചിട്ട് രണ്ട് ഭാഷാപരം എന്നുള്ളതാണ് ഭാഷ സംസ്കൃതമാണ് ഉപയോഗിച്ച ഭാഷ സംസ്കൃതത്തിലെ ധാതുവിനെക്കുറിച്ചും അതിലെ അന്വയത്തെക്കുറിച്ചും ഇങ്ങനെ പല ഗവേഷണങ്ങൾ നടത്താമെന്ന് ഇപ്പം ധർമ്മക്ഷേത്രേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു അപ്പം ധൃ ധാതു ആ ധാതു എവിടുന്ന് വന്നു ആ വന്ന വഴി പിന്നെ അതിൻ്റെ അത് അതുമായി സമാനമായിട്ടുള്ള മറ്റ് ധാതുക്കൾ ഇത് ഏതന്വയമാണ് ഇതിൽ വേണ്ടത് ഖണ്ഡാന്വയാണോ ദണ്ഡാൻവയം ഇങ്ങനെ പല അന്വയങ്ങളുണ്ട് ഇതിൽ വൈദിക സംസ്കൃതം ഉണ്ടോ സംസ്കൃതം ഉണ്ടോ അപ്പം ഏതൊക്കെയാണ് വൈദികം ലൗകികം പിന്നെ ഇതിലെ വിഭക്തികൾ ഏതാണ് എന്തുകൊണ്ട് ഇവിടെ ചതുർത്ഥി പ്രയോഗിച്ചു എന്തുകൊണ്ട് ഷഷ്ടി പ്രയോഗിച്ചില്ല ഇങ്ങനെ വചനത്തെക്കുറിച്ച് ഇവിടെ ഏകവചനം എന്തുകൊണ്ട് പറഞ്ഞു ബഹുവചനം പറഞ്ഞില്ല ഇങ്ങനെ ഭാഷയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഭാഷയിലേക്ക് കൂടുതൽ ശ്രദ്ധയെ വെച്ചുകൊണ്ട് ഉള്ള ഗവേഷണം നടത്താൻ ഏറെ സാധ്യതകളുള്ളതാണ് ഗീത അതിനുമുണ്ട് കാരണം ഇവിടെ ഭഗവാൻ പല സന്ദർഭങ്ങളിൽ അർജുനനെ പല പേരുകൾ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് വ്യാസനങ്ങനെ പല പേരുകൾ പറയുന്നുണ്ട് എന്തിനാണത് എന്നൊക്കെ അന്വേഷിക്കാം മൂന്ന് ഭക്തിപരം എന്ന് പറയാം ഭക്തിപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വളരെ ഭക്തിയോട് കൂടിയിട്ട് സ്നേഹപൂർവം എന്താ പറയുക ഇപ്പം നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ അമ്മയെ എന്നെ അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ് ദിവസവും തൊട്ട് മൂന്നു നേരം തൊട്ട് നന്നായിട്ടൊന്ന് അമർത്തി പിടിക്കാം ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ അമ്മയെ ഗീതയെ എന്നെ അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ് ദിവസവും തൊട്ട് മൂന്നു നേരം തൊട്ട് നന്നായിട്ടൊന്ന് അമർത്തി പിടിക്കാം അങ്ങനെയൊക്കെ അതിനാണ് ഈ തടിച്ച് ഗീതാ പുസ്തകം മേടിക്കുന്നത് ഒന്ന് നന്നായി തൊടാനും പാകത്തിനൊക്കെ അങ്ങനെയൊരു സമീപനം വേണമെങ്കിൽ ഒന്ന് പാരായണവും ചെയ്യാം അത്യാവശ്യം വേണമെങ്കിൽ അതെന്താണ് ഗീതാ ദിനത്തിനാണ് ഏകാദശി ഗുരുവായൂർ ഏകാദശി ദിവസം ഗീത വായിച്ചിട്ടേ ഞാൻ എന്ത് കാര്യം ചെയ്യാറുള്ളൂ സ്വാമി എന്റെ മകളുടെ പേര് ഗീത എന്നാണ് ഇതിൽ കൂടുതൽ എനിക്ക് ഗീതയോട് ഇനി ഇനി എന്തു ബന്ധ വേണ്ടത് പറയും ഇതിനപ്പുറത്തേക്ക് എനിക്ക് ഇനി ഇനി എന്തെങ്കിലുമൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം വീടിന് പേരിട്ടതും അങ്ങനെയാണ് ഗീതാഞ്ജലി എന്നാണ് അപ്പൊ ഇതൊക്കെ ഭക്തിപരമായിട്ടുള്ളൊരു സമീപനം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക മനസ്സുകൊണ്ട് മാത്രം ആ ഭഗവാൻ ആ കുരുക്ഷേത്ര ഭൂമിയിൽ ഓ അർജുനൻ ഉപദേശിച്ചു എന്തൊരു ദിവ്യമായ ഉപദേശം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ കരയാം അങ്ങനെ ഈ ഭക്തന്മാര് അനങ്ങിയ കരിഞ്ഞളയും ഭക്തന്മാര് മോശം എന്ന് പറയല്ല സ്വാമി കേവലം ഒരു വികാരത്തിൻ്റെ പുറത്ത് വിചാരപൂർവമായിട്ടുള്ള വികാരമല്ല വിചാരമാണ് വേണ്ടത് വികാരമില്ല കേവലം വികാരപൂർ പൂർവമായിട്ടുള്ളൊരു സമീപനം അതിനെയാണ് ഭക്തി എന്ന് പറഞ്ഞത് ഭക്തി ഇവിടെ പറയുന്ന ഭക്തി ഉണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ ഈ ഭക്തിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് നാല് തത്വചിന്താപരം തത്വചിന്താപരം എന്നുള്ളത് താത്വികം എന്നാണ് തത്വചിന്താപരത്തിലാണ് ചോദ്യങ്ങളേറെ ഉള്ളത് നമ്മുടെ ഒരു സമീപനം തത്വചിന്താപരമായിരിക്കും അപ്പൊ തത്വചിന്താപരമായി വ്യാഖ്യാനിക്കുന്ന സമയത്താണ് ധൃതരാഷ്ട്രൻ എന്ന് പറയുന്ന രാജാവ് കേവലം ബാഹ്യമായ അന്തനല്ലെന്നും കാണേണ്ടതിനെ കാണേണ്ട രീതിയിൽ കാണാൻ കഴിയാത്തവനാണെന്നും എന്നൊക്കെ വരുന്നത് അപ്പൊ ആ ഒരു ചോദ്യം ചോദിച്ചു അതോടുകൂടി ധൃതരാഷ്ട്രന്റെ എന്താ ചോദ്യം എല്ലാം അവസാനിച്ചു പിന്നെ ഇതിൽ സഞ്ജയനാണ് പറയുന്നത് അങ്ങനെ ധൃതരാഷ്ട്രന്റെ ഒരു ചോദ്യം സഞ്ജയന്റെ നാൽപ്പത് നാൽപ്പത് ശ്ലോകങ്ങൾ സഞ്ജയ ഉവാച എന്ന് പറഞ്ഞു കാണാം നാൽപ്പത് ശ്ലോകങ്ങള് സഞ്ജയൻ പറയുന്നതായിട്ട് ഒരു ചോദ്യം ധൃതരാഷ്ട്രൻ പറയുന്നതായിട്ട് പിന്നെ അർജുനന്റേതായിട്ട് എൺപത്താറെണ്ണമുണ്ട് അർജുനൻ അർജുനന്റെ പ്രശ്നങ്ങൾ അർജുനൻ ഭഗവാന്റെ മുൻപിൽ വയ്ക്കുന്ന എൺപത്താറ് പ്രശ്നങ്ങളും അതുപോലെ അഞ്ഞൂറ്റി എഴുപത്തി നാല് ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാനും സംസാരിക്കുന്നു ഇങ്ങനെ ഒന്ന് നാൽപ്പത് എൺപത്താറ് അഞ്ഞൂറ്റി മഹാഭാരതത്തിൽ വരുമ്പം വേണമെങ്കിൽ ഇതിൽ അർജുനന്റെ എൺപത്തഞ്ച് ചോദ്യമാകാം പതിമൂന്നാം അധ്യായത്തിൽ ഒരു ചോദ്യം കിഴിച്ചാൽ ഇത് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് എഴുന്നൂറ്റി കിട്ടിയോ എഴുന്നൂറ്റിയൊന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ അപ്പൊ ചിലപ്പോ നിങ്ങളുടെ കയ്യിൽ ഗീതയിൽ എഴുന്നൂറ് ശ്ലോകങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതിൽ എഴുന്നൂറ്റിയൊന്ന് ശ്ലോകങ്ങളും നമ്മൾ പരിചയപ്പെടും അത് ഏത് ഏത് സമയത്താണ് എന്താ സന്ദർഭം എന്നൊക്കെ ആ സമയത്ത് പറയാം ഇപ്പൊ ഒരു കൺഫ്യൂഷനൊന്നും ഉണ്ടാക്കുന്നില്ല ഏത് ശ്ലോകമാണ് പ്രക്ഷിപ്തം പിന്നീട് ചേർക്കപ്പെട്ടതെന്ന് പറയുന്നത് ഒക്കെ നമ്മൾ കാണും ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നതിന് തത്വവിചാരത്തിലൂടെ ചരിത്രപരമായിട്ടുള്ള ഒരു സമീപനത്തിൽ ഒരു രാജാവ് ആ രാജാവിന്റെ ഇഷ്ടതോഴനായിട്ടുള്ള അല്ലെങ്കിൽ മന്ത്രിയോട് എന്താണ് കുരുഭൂമിയിൽ കുരുക്ഷേത്രത്തിൽ സംഭവിച്ചത് എന്ന് അന്വേഷിച്ചു എന്നതിൽ കവിഞ്ഞ് അതിൽ കൂടുതൽ നമുക്കൊന്നും കണ്ടെത്താനില്ല എന്ന് പറയാം തത്വചിന്താപരമായി നാം അതിനെ സമീപിക്കുമ്പോഴാണ് അതിനേറെ ആഴങ്ങളുള്ളത് നമുക്ക് മനസ്സിലാവുക ഈ ചോദ്യം നമ്മോടാണെന്നും ധൃതരാഷ്ട്രത്വം നമ്മിലുണ്ടെന്നും ഈ ധൃതരാഷ്ട്രത്വത്തെയാണ് നാം അതിജീവിക്കേണ്ടതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും അപ്പോഴാണ് ഗീതയും നാമും തമ്മിൽ ഒരു ബന്ധമുണ്ടാവുന്നത് ചരിത്രപരമായിട്ട് അതിനെ കാണുന്ന സമയത്ത് ചരിത്രത്തിന്റെ പല ഏടുകളിലും വയ്ക്കാവുന്ന ഒരേടായിട്ട് ഗീത അവശേഷിക്കുന്നതാണ് എത്രയോ യുദ്ധകഥകൾ ലോകത്തുണ്ടായിട്ടുണ്ട് ുദ്ധങ്ങള് ഈ ലോകം കണ്ടിട്ടുള്ളതാണ് ആറായിരത്തി ചില്ലാനും ആഭ്യന്തര യുദ്ധങ്ങൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട് ഇപ്പോഴും ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പാലസ്തീനിലും മറ്റും അതുപോലുള്ള യൂറോപ്പിൽ ചിലയിടത്തൊക്കെ ഇപ്പോഴും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അംശീയ കലാപങ്ങളും അത് മതത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അനുദിനം അപ്പൊ ഇങ്ങനെ പല യുദ്ധങ്ങളെക്കുറിച്ച് ഇപ്പൊ പാനിപ്പത്ത് യുദ്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ ചെ ചെറിയ ക്ലാസ്സുകൾ ഇല്ലേ ചരിത്രം പഠിക്കുന്ന ആറാം ക്ലാസ് മുതല് ചരിത്രം പഠിക്കുന്നുണ്ടല്ലോ ഈ യുദ്ധങ്ങളെക്കുറിച്ച് പലരും പടം നയിച്ചതും മറ്റും അപ്പൊ അങ്ങനെ ഒരു യുദ്ധത്തിന്റെ കൂട്ടത്തില് ഇതിനെ പെടുത്താന്ന് പറയാം ചരിത്രപരമായിട്ട് നോക്കുന്ന സമയത്ത് തത്വചിന്താപരമായി നോക്കുമ്പോഴാണ് നാം ഇതൊക്കെ കാണുന്നത് അപ്പൊ തത്വചിന്താപരമായി നാം സഞ്ജയൻ ആരെന്ന് ചോദിച്ചാൽ യഹ വിശ്യതേ ശാസ്ത്രാദിപ്പരിജ്ഞാനേന ബഹിർമുഖതാ ഉപേക്ഷ്യ സഞ്ജയ എന്ന് കണ്ടു ആ സഞ്ജയൻ പറയണു ദൃഷ്ട പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസദ ആചാര്യം ഉപസംഗമ്യ രാജ വചനം അബ്രവീത് രാജാവെന്ന് തോന്നുമാറ് ദുര്യോധനൻ ആചാര്യനെ സമീപിച്ച് വാക്കിനെ പറഞ്ഞു എന്നാണ് പറയുന്നത് ഇതില് വ്യാസഭഗവാൻ എങ്ങനെയാണ് ആസ്വരികമായിട്ടുള്ള ഭാവം ഒരുവനെ കർമ്മം ചെയ്യിപ്പിക്കുന്നത് എന്ന് കാണിച്ചു തരാം നമ്മളും അങ്ങനെയാണ് അത്ര അതായത് ദുര്യോധനത്വം നമ്മിൽ വന്നു കഴിഞ്ഞാൽ നമ്മളും ഇങ്ങനെ ആളാവാനുള്ളൊരു ശ്രമം നടത്തുന്ന എന്താണ് ഇപ്പം യുദ്ധഭൂമിയിൽ യുദ്ധങ്ങൾ യുദ്ധത്തിനായിക്കൊണ്ട് ഇരുപക്ഷവും അങ്ങനെ നിൽക്കുക അവിടെ നിയമത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഒരാള് ഒരാളെ സമീപിക്കുന്നു അതാണ് ഇവിടെ കാണിച്ചു തരുന്നത് ആരാ അദ്ദേഹം രാജാവിനെ പോലെയാണ് ചെന്ന് എന്താ ഈ ആചാര്യനെ സമീപിച്ചത് ഇനി ആചാര്യനോട് പറയുന്നതും കൂടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആളെങ്ങനെയാണെന്ന് ചില സമയത്ത് നമുക്കും ഇങ്ങനെയൊക്കെ അങ്ങനെ തോന്നും എന്ന് പറയാം അതെങ്ങനെയാണ് അങ്ങനെ തോന്നുക നമ്മുടെ വീട്ടിന്റെ അടുത്ത് എന്തെങ്കിലും പരിപാടി നടക്കണോ അല്ലെങ്കിൽ ഈ നമ്മളെപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണം നിങ്ങൾ നിങ്ങൾക്ക് വിഷമൊന്നും തോന്നരുതേ കാരണം എന്തെങ്കിലുമൊക്കെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കാൻ പാടില്ല മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയും ഇപ്പൊ ഒരു പരിപാടി ഇങ്ങനെ നടക്കുമ്പം അപ്പൊ ആ സ്റ്റേജിലേക്ക് തനിക്ക് എങ്ങനെങ്കിലൊന്ന് കയറണം ഞാൻ ഈ പരിപാടി നടത്തിപ്പിന്റെ ഒരു വേണ്ടപ്പെട്ട ഒരാളാണ് എന്ന് മറ്റുള്ളവര് അറിയണം അപ്പൊ അതിങ്ങനെ ഇരുന്നിട്ട് തനിക്ക് അതിങ്ങനെ വല്ലാതെ തന്റെ ഉള്ളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആ സമയത്താണ് താൻ കാണുക എന്താ താൻ കാണുക അയ്യോ വിളക്കിന്റെ എണ്ണ തീരാറായി എന്നാ തോന്നുന്നത് ഈ വിദ്വാൻ ഇങ്ങനെ എണ്ണക്കുപ്പിയായിട്ട് അങ്ങനെ വരും എന്നിട്ട് തീരയൊക്കെ ശരിയാക്കിയിട്ട് ആള് പോവും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോളണം അല്ലാതെ നിങ്ങൾ ഒരു ഒന്നുമല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് കയറി എണ്ണ തിരി ശരിയാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇവരിങ്ങനെ സ്ഥിരം തിരി ഇപ്പൊ തിരിക്ക് കുഴപ്പമില്ല അപ്പൊ ഇവര് സ്ഥിരം തിരി ശരിയാക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഇപ്പൊ ആരെങ്കിലും തിരി സ്വാമി തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു തിരിയും നടക്കില്ല സ്ഥലത്ത് അങ്ങനെയാ നമ്മളൊരു സ്ഥലത്ത് യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യജ്ഞം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അതിങ്ങനെ ഒരു എന്താ പറയാ ചൂട് പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ മൂന്നാം അധ്യായം കർമ്മയോഗം നടന്നുകൊണ്ടിരിക്കുന്നു സ്ഥലം പറയുന്നില്ല അപ്പോഴാണ് പിറകുന്ന ഒരാള് ഇങ്ങനെ വന്നിരിക്കുന്നു ചെവിയിൽ സ്വാമിക്ക് രാത്രി പൊറോട്ടയാണോ ചപ്പാത്തിയാണോ കഴിക്കാൻ വേണ്ടത് എന്താണ് അതെ ഇതൊക്കെ സംഭവിക്കുന്നതാ ഒരു സ്ഥലത്ത് ധ്യാനശ്ലോകം ചൊല്ലുമ്പോഴാണ് സോട പൊട്ടിക്കുന്നത് ടഫ് എന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി ഇതൊക്കെ ഉള്ളതാണ് സ്വാമി അങ്ങോട്ട് കയറട്ടെ എന്നിട്ട് പൊട്ടിക്കാം സോടാം എന്ന് കരുതിയിരിക്കുക അപ്പൊ ഞാൻ ഇതിന്റെ വേണ്ടപ്പെട്ട ആളാണ് എന്നിലെ ആ ദുര്യോധനത്വം അങ്ങനെ വരിക അതാ ദുര്യോധനൻ എല്ലാവരും അണിനിരന്ന് കഴിഞ്ഞ സമയത്ത് ദുര്യോധനൻ അങ്ങോട്ട് ചെല്ലുക ആരുടെ അടുത്തേക്ക് ഈ പറഞ്ഞ ആചാര്യന്റെ അടുത്തേക്ക് എന്നിട്ട് എന്താ ആചാര്യനോട് പറയുന്നത് നോക്കാം പാണ്ഡുപുത്രാണാം േണീത പശ്യ ഏതാം പാണ്ഡുപുത്രാണാം ആചാര്യ ഹേ ആചാര്യ മഹദീം ചമൂ വ്യൂഢാം ധ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത ഈ പറയുന്ന വാക്കുകളും വളരെ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് ചെന്നിട്ട് പറയുന്നു ഹേ ആചാര്യ അല്ലയോ ആചാര്യരെ ആചാര്യൻ എന്ന് പറഞ്ഞാല് ആചരിച്ചു കാണിക്കുന്നവൻ എന്നാണ് എന്താണ് അദ്ദേഹം ആചരിച്ചു കാണിക്കുന്നത് ആചിനോചിത ശാസ്ത്രാണി ശാസ്ത്രങ്ങളെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ ആചരിക്കുന്നവനാണ് ആചാര്യൻ ആചാര്യൻ എന്ന് പറഞ്ഞ് ഇവിടെ പറയണം അല്ലയോ ആചാര്യരെ ആരാണ് ഇവിടെ ആചാര്യൻ എന്ന് ചോദിച്ചാൽ ദ്രോണൻ ദ്രോണനെ വിളിക്കണോ തവ ശിഷ്യേണ അങ്ങയുടെ ശിഷ്യനും ധീമത ധീമാനും ബുദ്ധിമാൻ അങ്ങയുടെ ശിഷ്യനാണ് ബുദ്ധിമാനാണ് മാത്രമല്ല ധ്രുപത പുത്രേണ ദ്രുപതന്റെ പുത്രനുമായിട്ടുള്ള അവനാൽ വ്യൂഢം വ്യൂഢാം മഹതീം പാണ്ഡുപുത്രാണാം ഏതാം ചമൂം പശ്യ ഈ മഹത്തായ പാണ്ഡുപുത്രന്മാരുടെ ഈ സൈന്യത്തെ മഹതീം ചമൂം മഹത്തായ ഈ സൈന്യത്തെ പശ്യ കണ്ടാലും വ്യൂഢാം എന്ന് പറഞ്ഞാൽ അണിനിരത്തപ്പെട്ട വ്യൂഢാം മഹതീം ചമൂ മഹത്തായ സൈന്യത്തെ അങ്ങ് കണ്ടാലും എന്തിനാണ് ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞത് എന്നാണെങ്കിൽ ഈ ദുര്യോധന ബുദ്ധി ദുര്യോധനത്വം സമൂഹത്തിൽ കാണണമെങ്കിൽ നമുക്കിത് എങ്ങനെയൊക്കെ കാണാം ആരാണ് ഈ കഥാപാത്രം ആരെക്കുറിച്ചാണ് ദുര്യോധനൻ പറഞ്ഞത് എന്നാണെങ്കിൽ ദൃഷ്ടദ്യുനെ കുറിച്ചാണ് ദൃഷ്ടദ്യുനാൽ അണിനിരത്തപ്പെട്ട പാണ്ഡവ സൈന്യത്തെ കണ്ടാലും എന്ന് ദുര്യോധനന് നേരിട്ട് പറയാം ആ പറയുന്നതിന് പകരം തവ ശിഷ്യേണ അങ്ങയുടെ ശിഷ്യനും ധീമത ബുദ്ധിമാനും ദ്രുപദ പുത്രേണ ദ്രുപതന്റെ ഈ സൈന്യത്തെ അങ്ങ് കണ്ടാലും എന്ന് പറയുമ്പം അതിൻ്റെ പിറകിൽ ചില താത്പര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നില്ലേ എന്ന് കണ്ടെത്താൻ സാധിക്കും തവ ശിഷ്യണ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ തന്നെ ശിഷ്യൻ തന്നെയാണ് ബുദ്ധിമത ധീമാനാണെന്ന് പറയുമ്പോഴോ അവന് ബുദ്ധിയുണ്ട് അങ്ങയ്ക്ക് ബുദ്ധി കുറവാണെന്ന് പറയാം അതെ അവന് ബുദ്ധി കൂട്ടും എന്തുകൊണ്ട് അവൻ ജനിച്ചതേ അങ്ങയെ കൊല്ലാനാണ് അവൻ ജനിച്ചത് അങ്ങയെ കൊല്ലാനാണ് ഈ ദ്രോണനും ദ്രുപദനും ഭരദ്വാജ ആശ്രമത്തില് സഹപാഠികളായിരുന്നു അവിടെ അവര് ഒരുമിച്ചാണ് ധനുർവേദം അഭ്യസിച്ചത് ആശ്രമത്തില് പലതും പഠിച്ച് പുറത്തിറങ്ങുന്ന കൂട്ടത്തില് പത്താം ക്ലാസ് കഴിഞ്ഞു പോരുമ്പം ഓട്ടോഗ്രാഫ് കൊടുക്കുമല്ലോ അതിൽ കുട്ടികൾ എഴുതും നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല അല്ലേ നീ കാറിൽ കാറിൽ കാർ ഓടിച്ചു പോകുമ്പോൾ എന്നെ വഴിയിൽ കണ്ടാൽ നിർത്താൻ മറക്കരുതേ ഒന്ന് പുഞ്ചിരിക്കാൻ മറക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതുമല്ലോ ഇതുപോലെ ഏർപ്പാട് പണ്ടും ഉണ്ടായിരുന്നു അപ്പൊ രാജകുമാരനാണ് ദ്രോണരോട് പറഞ്ഞു ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാല് രാജ്യം ഭരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ രാജാവായി കഴിഞ്ഞാലേ നിനക്ക് എന്താ വേണ്ട തരാം അന്ന് പറഞ്ഞു ഒരു പകുതി രാജ്യം തന്നെ തരാമെന്ന് പറഞ്ഞ കുട്ടിക്കാലത്ത് അങ്ങനെ പലതും പറയുമല്ലോ ഈ ദ്രോണൻ നിങ്ങൾക്കറിയാം കഥ സ്വാമി വിസ്തരിക്കുന്നില്ല വേഗം പറയാം പക്ഷെ പറയേണ്ടതുണ്ട് എന്ന് പറയാം ചിലപ്പം ചിലർക്ക് അറിഞ്ഞു എന്ന് വരില്ല ഈ ദ്രോണൻ കൃതിയും ഒന്നിച്ച് അശ്വത്ഥാമാവ് മകനായിട്ടുള്ള മകനും ഒന്നിച്ച് പലയിടത്തും ഈ അസ്ത്ര ശസ്ത്രവിദ്യകൾ ബാലന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത് കഴിഞ്ഞ കാലം ഏതോ ഒരു രാജ്യത്ത് വലിയ പ്രശസ്തിയാർന്ന രാജ്യമൊന്നുമല്ല അവിടെ കുട്ടികളെ പഠിപ്പിക്കുക ഇതുപോലെ അങ്ങനെ ആ രാജകുമാരന്മാർ ആ കുമാരന്മാരുടെ കൂടത്തിൽ കൂട്ടത്തിലാണ് നമ്മുടെ ഈ അശ്വത്ഥാമാവും കളിക്കുന്ന കളിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ അങ്ങനെ ഏതോ ഒരു കുട്ടി ഒരു ദിവസം ഭാഗവതത്തിലത് നന്നായി പറയുന്നുണ്ട് പാല് കുടിച്ച് കളിക്കുന്ന കൂട്ടത്തില് കുട്ടിയുടെ അമ്മ വിളിച്ച് കുട്ടിയെ പാല് കുടിക്കാനാ തോന്നുന്നുണ്ട് വിളിച്ച് പാല് കുടിച്ച് കുട്ടി കളിക്കാനുള്ള ഉത്സാഹത്തിലോടി തിരിച്ചു വന്നു ആ സമയത്ത് കുട്ടിയുടെ ചുണ്ടിലൊക്കെ പാലുണ്ടായിരുന്നു പാലിൻ്റെ പതയുണ്ടായിരുന്നു കൂടുതൽ അപ്പൊ ഈ അശ്വത്ഥാമാവ് ചോദിച്ചു ഇത് എന്താണ് നിന്റെ ചുണ്ടിൽ വെളുത്തിരിക്കുന്നത് അപ്പൊ പറഞ്ഞു ഞാൻ പാല് കുടിച്ചതാണ് പാലോന്ന് ഇവനിത് അറിയില്ല കാരണം അത്രയും ദാരിദ്ര്യമാണ് ഈ കുട്ടിക്ക് മുലപ്പാല് കുടിച്ച ഓർമ്മ തന്നെയുള്ളൂ അത് തന്നെ ഓർമ്മ ഇല്ല അപ്പൊ എന്താണ് പാല് നീ പാല് കുടിച്ചിട്ടില്ലേ പാല് കുടിക്കാറുള്ളി എന്ന് കുട്ടികൾ ചോദിച്ചപ്പം ഇല്ലേ അതെനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ കുട്ടികൾക്ക് തോന്നി ഇവനെയൊന്ന് കളിപ്പിക്കാം അങ്ങനെ അരിമാവ് കലക്കിയ വെള്ളം ഇവന് കൊടുത്തു എന്നാ അന്ന് കുടിച്ചതുകൊണ്ട് അതിൻ്റെ കുറെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് പിൽക്കാലത്ത് അരിമാവ് കുടിച്ച വെള്ളം ആ കലക്കിയ വെള്ളം കൊടുത്തു കൃപി ഇതറിയുന്നു കൃപി ദ്രോണരോട് പറയുന്നു ഇങ്ങനെ കുരുത്തം കേട്ട കുട്ടികളെ പഠിപ്പിച്ച് ഇവിടെ കഴിയുന്നതിലും നല്ലത് നമുക്ക് തിരിച്ചു പോവുക അതുകൊണ്ട് ഇവിടെ ഇനി നിൽക്കണ്ട ഗുരുവിന്റെ പുത്രനെ നിന്ദിച്ചത് ഗുരു നിന്ദ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല അങ്ങേയറ്റത്തെ വേദനയോടുകൂടി കാരണം എൻ്റെ കുട്ടിക്ക് ഒരു ഗ്ലാസ് പാല് പോലും എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമൊക്കെ പറഞ്ഞിട്ട് അവരെ അവിടുന്ന് കെട്ടും കെട്ടി വരുന്ന വഴിക്കാണ് നമ്മുടെ ഈ കൗരവന്മാരും പാണ്ഡവന്മാരും കൂടെ കളിക്കുന്ന സമയത്ത് പന്ത് കിണറ്റിൽ വീഴുന്നതും ആ പന്തെടുക്കാൻ വിഷമിച്ചു നിൽക്കുന്ന കുമാരന്മാര് ഈ എന്താ ദ്രോണരിൽ പന്ത് എന്താ പുല്ലിൽ എടുത്തുകൊടുക്കുന്നതും ആ വിദ്യ കണ്ടതോടുകൂടി ഈ രഹസ്യം പോയിട്ട് അല്ലെങ്കിൽ ഈ കാര്യം പോയിട്ട് കൊട്ടാരത്തിൽ അറിയിക്കുന്നതും ഉടനെ അറിയിപ്പ് വരുന്നതും അദ്ദേഹത്തെ കൊട്ടാര കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നതും ഈ കൗരവന്മാർക്കും പാണ്ഡവന്മാർക്കും അസ്ത്രശസ്ത്ര ഉപദേശിക്കാൻ വേണ്ടുന്ന ഗുരുവായി ഇദ്ദേഹത്തിന് ഉടനെ വാഴിക്കുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് അദ്ദേഹത്തിനെ ഗുരുവാക്കുന്നു ഈ സമയത്ത് ഇതിനു മുൻപായിട്ട് ഈ തിരിച്ചുവരവിന്റെ ഇടയിൽ അത് പറയാനാ സ്വാമി ഇത്ര പറയുന്നത് ഇടയിൽ ഈ ദ്രോണര് ധ്രുപതന്റെ വീട്ടിലൊന്ന് ചെന്നൂന്നാ കൊട്ടാരത്തിൽ ആ ധ്രുപദന്റെ അടുത്ത് ചെന്ന സമയത്ത് ധ്രുപദൻ രാജാവാണ് ധ്രുപദൻ ധ്രുപദനോട് അറിയിച്ചു ഇങ്ങനെ ആള് വന്നിട്ടുണ്ട് എന്ന് അപ്പൊ പറഞ്ഞു രാജാവിനെ ഇപ്പൊ കാണാൻ പറ്റില്ല എന്ന് അപ്പം ദ്രോണം പറഞ്ഞു അത്ര എന്നാ രാജാവിനോട് അങ്ങോട്ട് കാണാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വന്ന് കാണാൻ അപ്പൊ അവര് പോയിട്ട് അത് പറഞ്ഞു ആ സമയത്ത് അദ്ദേഹം മുകളിൽ ഇരുന്നിട്ട് തുറന്നിട്ട് പറഞ്ഞു പണ്ട് കുട്ടിക്കാലത്ത് എന്തോ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എത്ര കാര്യമാക്കാമോ അതുകൊണ്ട് ഒന്നുമില്ല പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് കാണണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ രാജ്യം ചോദിക്കുക അങ്ങനെയുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാ എന്തായാലും ദ്രുപഥനങ്ങനെ കരുതി അദ്ദേഹം പണ്ട് പറഞ്ഞ് വാക്കിന് അത് അനുസരിപ്പിക്കാൻ വേണ്ടി അതിൽ നിന്ന് നേടാൻ വേണ്ടി വന്നതാണ് എന്ന് തെറ്റായി ധരിച്ചു എന്ന ഇദ്ദേഹം അപമാനിതനായിക്കൊണ്ട തിരിച്ചു വരുന്നത് ആ അപമാനിതനായി തിരിച്ചു വന്ന വരവിലാണ് ഈ സംഭവം നടക്കുന്നതും കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ഗുരുവായി അവരോധിക്കപ്പെടുന്നതും അവിടെ വെച്ച് ഈ വൈരാഗ്യം അതായത് ഈ ഒരു വൈരാഗ്യം മലയാളത്തിലെ വൈരാഗ്യം വേദാന്തത്തിലെ വൈരാഗ്യമുള്ള ഒരു വിദ്വേഷം ജനിക്കുന്നതും അർജുനനോട് ഈ പാണ്ഡവന്മാർ ഈ കൗരവാദികളെ പാണ്ഡവന്മാരോടൊക്കെ അവരുടെയൊക്കെ മുൻപിൽ വെച്ച് ഈ ദ്രോണൻ ചോദിക്കുന്നുണ്ട് ആരാണ് എനിക്കത് സാധിപ്പിച്ചു തരിക എന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവൻ ആരാണ് നിങ്ങളിൽ എന്ന് ചോദിച്ചപ്പം എല്ലാവരും വിസ്മയിച്ചു എന്നാ എന്താണ് ഇദ്ദേഹം പറയാൻ പോണത് കാര്യമറിയാതെ തന്നെ അർജുനൻ പറഞ്ഞുനാ ഞാൻ ഏറ്റു എന്ന് അന്ന് വലിയ പ്രായമൊന്നുമില്ല കുട്ടിയാണ് അഭ്യാസമൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ അപ്പം ദ്രോണരെ അനുഗ്രഹിക്കുന്നുണ്ട് പിന്നെയാണ് ഈ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ദ്രോണർ അർജുനോട് പറയുന്നത് ദ്രുപദനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ അങ്ങനെയാണ് അർജുനൻ ദ്രുപദനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന സമയത്ത് മഹാഭാരതത്തിൽ ഇതൊക്കെ വളരെ വിസ്തരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടുന്നതാണ് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതായാലും ധ്രുപദൻ അർജുനന്റെ ഈ അസ്ത്രവിദ്യയിലൊക്കെ അതിൽ തോറ്റുകൊണ്ട് ഈ ദ്രോണന്റെ കാൽകീഴിലേക്ക് വീഴുന്നുണ്ട് പിന്നീട് അവര് തമ്മിൽ അതിനൊരു സന്ധ്യൊക്കെ ഉണ്ടാക്കുന്നു ഏതായാലും ധ്രുപദൻ തിരിച്ചുപോയിട്ട് ചെയ്തത് ഒരു വലിയ യാഗമാണ് ആ യാഗത്തിൽ ഈ അർജുനനെ മരുമകനാക്കാൻ വേണ്ടി ഒരു പദ്ധതി ആലോചിച്ചു അർജുനനെ തന്റെ കൂട്ടത്തിലേക്ക് വരുത്താൻ വിവാഹം ചെയ്യാൻ പോകുന്ന ഒരു കന്യക ഒരു പുത്രി അതേസമയത്ത് ഈ ്രോണനെ കൊല്ലാൻ പാകത്തിനും ഒരു പുത്രനും അങ്ങനെ രണ്ടുപേരും യാഗ അഗ്നി കുണ്ടത്തിൽ നിന്ന് യാഗ ഭൂമിയിൽ നിന്ന് യാഗാഗ്നിയിൽ നിന്ന് ജാഥയായവരാ ജന്മം കൊണ്ടുവരാ അങ്ങനെ രണ്ടുപേരും യാഗ അഗ്നി കുണ്ടത്തിൽ നിന്ന് യാഗ ഭൂമിയിൽ നിന്ന് യാഗാഗ്നിയിൽ നിന്ന് ജാഥയായ ജനിച്ചവരാ ജന്മം കൊണ്ടുവരാ ആര് ദ്രൗപതിയും ദൃഷ്ടദ്യുനും ഇത് ലോകർക്ക് മുഴുവൻ അറിയുന്നതാ ദൃഷ്ടദ്യുനന്റെ ജന്മം ദ്രോണനെ കൊല്ലാനാണ് അതിനാണ് ദ്രുപദൻ ഈ ദൃഷ്ടദ്യുനെ ജനിപ്പിച്ചത് എന്ന് തന്നെ ലോകത്തിന് മുഴുവൻ അറിയാം അങ്ങനെയിരിക്കുന്ന ദൃഷ്ടദ്യുനന് ആയുധവിദ്യ അഭ്യസിച്ചവനാര് ആയുധവിദ്യ പഠിപ്പിച്ചു കൊടുത്തു ആര് ദ്രോണർ നോക്കണം തന്നെ എങ്ങനെ കൊല്ലാം എന്ന വിദ്യ പകർന്നു കൊടുക്കുന്നത് ഇതൊക്കെയാണ് മഹാഭാരതത്തിന്റെ ഏറ്റവും എന്താ പറയുക ഇതൊന്നും വേറെ എവിടെയും കാണില്ല മഹാഭാരതത്തിന്റെ എന്താ മഹനീയമായിട്ടുള്ള ഓരോരോ എന്താ കാര്യങ്ങളുണ്ട് അതുപോലെ ഭഗവത് ദൂത് പരാജയപ്പെടുന്നു അല്ലേ ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായിട്ടുള്ള ആ വിശ്വേശ്വരൻ പോയി ചെയ്യുന്ന ഒരു കാര്യത്തെ നൂറ് ശതമാനം പരാജയപ്പെടുത്തി കാണിച്ചുകൊണ്ട് വ്യാസൻ കഥ ചമക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ തമിഴ്നാട്ടിലും മറ്റും എം ജി ആറിനെ അടികൊള്ളുന്ന ഒരു സിനിമ പോലും ഓടില്ല അതെ എം ജി ആർ നായകനായിക്കൊണ്ടുള്ള സിനിമയിൽ ആരെങ്കിലും എം ജി ആറിനെ അടിച്ചു കഴിഞ്ഞാൽ കണ്ട് കേട്ടിട്ടുണ്ട് എം ജി ആർ അടി ഉണ്ടാക്കുന്ന സമയത്ത് എം ജി ആറിന്റെ കത്തി അരയിൽ നിന്ന് വീണപ്പം ഏതോ ഒരു തമിഴ് എം ജി ആർ പ്രേമി അരയിൽ നിന്ന് കത്തി എടുത്ത് സ്ക്രീനിലേക്ക് ഇട്ടുന്ന പിടിയണ്ണ എന്ന് പറഞ്ഞിട്ട് അത് തമിഴ് സിനിമയിൽ മാത്രമല്ല അതിപ്പോ ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും കന്നഡയിലാണെങ്കിലും ഒക്കെ അതിൽ കത്തി നിൽക്കുന്ന സൂപ്പർ താരം ഈ സൂപ്പർ താരത്തിന് വല്ലാതെ പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ട് കഥ ചമയ്ക്കാൻ ഒരു സംവിധായകനും ധൈര്യപ്പെടില്ല ഒരു സംവിധായകൻ ഇവിടെ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഭഗവാന്റെ ഒരു പദ്ധതി അദ്ദേഹം വളരെ ആസൂത്രിതമായി ചെയ്യുന്ന ഭഗവത്ഭൂത് പരാജയപ്പെടുത്തിക്കൊണ്ട് വ്യാസൻ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു എവിടെയും കണ്ടിട്ടുണ്ടോന്ന് ഇത് അതാണ് ആ ആരെയാണോ കൊല്ലേണ്ടത് ആ അതായത് ഇവര് ഇതിന് ആരോ ഒരു കത്തെഴുതി എഴുത്തല് ചോദിച്ചിരുന്നു സ്വാമി ഉച്ചയ്ക്കാണ് ഗീത പറഞ്ഞത് ഉച്ചയ്ക്കാണ് ഗീത പറയാൻ തുടങ്ങിയത് ഇതിപ്പോ ഒരു ഒരധ്യായം കേൾക്കാൻ തന്നെ ഒരാഴ്ച വേണമല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ എങ്ങനെ അർജുനന് ഭഗവാൻ ഇത്ര പറഞ്ഞു കൊടുത്തു അതായത് ഇതിങ്ങനെ വിസ്തരിച്ച് വിസ്തരിച്ചിട്ടല്ല ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തത് അർജുനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു അതിനിപ്പോ ഒരു മണിക്കൂറൊക്കെ ധാരാളം ഒന്നോ രണ്ടോ മണിക്കൂറും അതിഗീതം മുഴുവൻ ചൊല്ലാൻ പറയാൻ അതിൽ അർജുനൻ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങൾ ഇത്രയുള്ളൂ അർജുനൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ ഇനി യുദ്ധം ചെയ്യുന്നതിന് മുൻപായിട്ട് പല നിയമങ്ങളിലും ഇവരെ ഒപ്പുവെച്ചിട്ടുണ്ട് ഉടമ്പടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഉടമ്പടികളൊക്കെ തന്നെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും യുദ്ധത്തിനു ശേഷം സൂര്യാസ്തമയത്തിന് ശേഷം നമ്മൾ ഇരുകൂട്ടരും മിത്രങ്ങളാണ് ഒന്നാമത്തതാണ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ യുദ്ധമില്ല കാലാൾ കാലാളിനോട് പൊരുതും കുതിരക്കാർ കുതിരക്കാരോട് പൊരുതും ആനയുള്ളവൻ ആനയുള്ളവനോട് പൊരുതും തേര് തേരിനോട് പൊരുതും നിരായുധനായി നിൽക്കുന്നവനെ നിരായുധനായി നിൽക്കുന്നവനോട് ആരും പൊരുതില്ല മാത്രമല്ല എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ യുദ്ധ യുദ്ധഭൂമിയിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന ആളുകളുണ്ട് ആ ആയുധങ്ങൾ കൊണ്ടുപോകുന്നവരെ കൊല്ലാൻ പാടില്ല യുദ്ധത്തിന് യോദ്ധാവിന് വീര്യം പകരാൻ വാദ്യ ഉപകരണങ്ങൾ വായിക്കുന്നവരെ ആരും കൊല്ലാൻ പാടില്ല ഇങ്ങനെ ആരെയൊക്കെ കൊല്ലാം ആരെയൊക്കെ കൊല്ലാൻ പാടില്ല അഭയം പ്രാപിച്ചവന് ശരണാഗതി അടഞ്ഞവനെ കൊല്ലരുത് ഉറങ്ങുന്നവനെ കൊല്ലരുത് പ്രായത്തിൽ കുറവുള്ളവരെ കൊല്ലരുത് ഇത്ര പ്രായമായിട്ടുള്ളവരെ യുദ്ധഭൂമിയിൽ കൊല്ലാവൂ ഓര് വിളിക്കുന്നവരെ അങ്ങനെ സമമായിട്ട് ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ ചമച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് യുദ്ധം ആരംഭിക്കുന്നത് അപ്പൊ ആ സംശയങ്ങൾക്കൊന്നും സ്ഥാനമില്ല എന്ന് പറയാം വരിക ഇവിടേക്ക് അപ്പൊ ഈ ദ്രോണൻ ഈ ദൃഷ്ടദ്യുനൻ അതായത് ദ്രുപദന്റെ പുത്രനായിട്ടുള്ള ദൃഷ്ടദ്യുനൻ ധീമാനാണ് എന്ന് ദുര്യോധനൻ ഓർമ്മിപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ അങ്ങയെ അങ്ങയെ വകവരുത്താൻ വേണ്ടുന്ന വിദ്യ അങ്ങയിൽ നിന്ന് തന്നെ പഠിച്ചു അങ്ങാണെങ്കിലോ ഇതൊന്നും വേണ്ടത്ര ദീർഘവീക്ഷണം ഇല്ലാതെ പഠിപ്പിച്ചും കൊടുത്തു അവൻ ധീമാനാണ് പിന്നെ ആരാണ് ദ്രുപദ പുത്രനാണ് അങ്ങയുടെ ശത്രു നമ്പർ വണ്ണിന്റെ മകനാണ് അവനാൽ ഇതാ വ്യൂഹമാക്കി നിർത്തിയിരിക്കുന്ന ഈ പാണ്ഡവ സൈന്യത്തെ കണ്ടാലും എന്നാണ് ഇതിലെന്താ നമ്മുടെ ദുര്യോധനത്വം നമ്മളൊന്നിനേ കുട്ടികളെയൊക്കെ അല്ലെങ്കിൽ ശത്രുവിൻ നമ്മളും ചിലരെ കുറിച്ച് ചിലരുടെ അടുത്തൊക്കെ ചെന്നിട്ട് പറയും ആര് ആര് നിങ്ങളുടെ മോന്റെ കൂട്ടുകെട്ട് എന്നറിയോ പുതിയ കൂട്ടുകെട്ടിപ്പം ഇന്നാളുടെ മോനാണ് അല്ലെങ്കിൽ ഇന്നാളുടെ ഇന്നാളാണ് ഇന്ന് ആളെ പറഞ്ഞുകൊണ്ട് ആ ബന്ധം കണ്ടു പറയുമ്പോഴേക്കും നമുക്കിങ്ങനെ ഏ അതെയോ എന്നാ വരട്ടെ ചോദിച്ചിട്ടല്ല കാര്യം അപ്പൊ ആരെ ഓർമ്മപ്പെടുത്തിയാലാണോ ഇദ്ദേഹത്തിൽ വീര്യം ഉണരുന്നത് ആ വിദ്വേഷത്തിൻ്റെ പക ആളിക്കത്തിക്കാൻ പോകുന്ന സംഭാഷണങ്ങളാണ് ദുര്യോധനൻ ഇവിടെ ചെയ്യുന്നത് എന്ന് പറയാം അപ്പം ഈ മഹത്തായ സൈന്യത്തെ കണ്ടാലും തുടർന്ന് ആ ഏതൊക്കെയാണ് ഈ സൈന്യങ്ങൾ എന്നുള്ളതിനെ വിസ്തരിക്കുകയാണ് വരുന്ന നാല് അഞ്ച് ആറ് ശ്ലോകങ്ങളിൽ ഒരുമിച്ച് अ शूरा महे श्वास भीमारजुन सयुधी युयुनो विराड द्रुपदस्मारृष्टेतुच्चे काशीराज वीर्यवान्जिकुोज യുധാമന്യുശ്ച വിക് ഉത്തമൗചാശ്ചീര്യവാൻ സൗഭദ്രോദ്രൗപദേശ മഹാര ദുര്യോധനൻ ദ്രോണരോട് പറയുന്ന ആദ്യത്തെ ഭാഗം തന്നെ ഇത് വളരെ ശ്രദ്ധേയമാണ് അതായത് പശ്യ ഏതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമും വ്യൂഢാം ധ്രുപദപുത്രേണ തവശിഷ്യേണ ധീമതാം എന്നത് അപ്പൊ ഇതാദ്യം തന്നെ കാണിച്ചു ചില സൂചനകളുണ്ട് അപ്പൊ ധ്രുപദപുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചരിത്രപരമായിട്ടുള്ളൊരു നോക്കിക്കാണലാണ് നടത്തിയത് അതിനപ്പുറത്തേക്ക് ഈ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദ്രുപദനെ മനസ്സിലാക്കാൻ ശ്രമം നടത്തിക്കഴിഞ്ഞാല് അതായത് പറയണു ദ്രുപദൻ എന്ന് പറഞ്ഞാല് വൃക്ഷം കൊടിയടയാളമായിട്ടുള്ളവനാണ് വൃക്ഷം വൃക്ഷം കൊടിയടയാളമാണ് എന്ന് പറഞ്ഞാല് ഇളക്കമില്ലാത്തത് എന്ന് പറയാം ദ്രുപദം പദത്തിന് ആ അടിക്ക് ഇളക്കമില്ല ഇളക്കമില്ലാത്ത ഉറച്ച നിൽപ്പാണ് ആദ്യം തന്നെ ദുര്യോധനൻ കാണുന്നത് എതിർപക്ഷത്ത് എതിർപക്ഷത്ത് അങ്ങനെ കാണുന്നത് എന്തുകൊണ്ടാ അവിടെ സത്യം നിലനിൽക്കുന്നത് കൊണ്ട അല്ലെങ്കിൽ അത് കാണാൻ പറ്റില്ല അത് ഏത് അധർമ്മിക്കും സത്യം കണ്ടാൽ തിരിച്ചറിയും ഇവിടെ പറയുന്നു ധ്രുപദപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ അതിന്റെ അപ്പൊ ദൃഷ്ടദ്യുനാൽ അണിനിരത്തപ്പെട്ട പറയുമ്പം ആ ഉറച്ച കാൽവെപ്പോടുകൂടിയിട്ടാണ് അവിടുത്തെ സൈന്യ വിന്യാസം നടന്നിരിക്കുന്നത് അതുകൊണ്ട് അങ്ങ് വളരെ കരുതിയിരിക്കേണ്ടത് ആവശ്യമാണ് ആ കാഴ്ച തന്നെ ദുര്യോധനൽ എന്താ ഭയത്തെ ജനിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇന്നും അങ്ങനെയാണല്ലോ ഇന്നിപ്പോ ഈ നമുക്ക് ആരുടെയാണ് വാഹനം എന്നറിയാൻ ചില കൊടികളൊക്കെ ഉണ്ടാവില്ലേ ചില ചില രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ കൊടി കണ്ടാൽ നമ്മൾ കഴിയുന്നതും സൈഡാക്കും വണ്ടിയൊക്കെയാണെങ്കിൽ കാരണം എന്താ അതിൻ്റെ ഉള്ളിൽ ആ കൊടി അവരുടെ സ്വഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്നു അതുപോലെ പോലീസിൽ ുള്ള ചില അല്ലെങ്കിൽ മിലിട്ടറിയിൽ പോലീസിൽ തന്നെ ഉയർന്ന റാങ്കുകളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് എന്താ സ്റ്റാറും നമ്മുടെ ചാപ്പയും ഇത്യാദി സംഗതി ആ അശോകചക്രം ഇങ്ങനെ ഓരോരോ സിമ്പിളുകളുണ്ട് മിലിറ്ററിയിലുണ്ട് അത് അതുപോലെ നമ്മുടെ ജഡ്ജിന്റെ വാഹനം അവർക്കൊക്കെ അതൊക്കെ തിരിച്ചറിയാൻ പറ്റും അതിനകത്ത് ആരാണ് ഇരിക്കുന്നത് അപ്പൊ ധ്രുവ ഈ വൃക്ഷം കൊടിയടയാളമായിട്ടുള്ള അത് കണ്ടുകഴിഞ്ഞാൽ അറിയാം ആരുടേതാണത് ഇനി മഹാഭാരതത്തിലത് കാണാം ഈ ഒന്നാം അധ്യായത്തിൽ ചില സൂചനകളൊക്കെ തരുന്നുണ്ട് പറയുന്നു ഇവിടെ അത്ര ശൂര മഹേഷ്വാസാഹ ഭീമാർജുന സമായുധി യുയുധാന വിരാടാ ച ധ്രുപതാ ച മഹാരഥ ആദ്യം തന്നെ പറയുന്നത് അത്ര അവിടെ ശൂരാഹ ശൂരന്മാർ ആരൊക്കെയാണ് ശൂരന്മാര് പറയണോ മഹേഷ്വാസാഹ ഇതൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രയോഗങ്ങളാണ് മഹേഷ്വാസാഹ എന്ന് പറഞ്ഞാല് വലിയ വില്ല് ഏന്തിയിട്ടുള്ളവർ എന്നാണ് വലിയ വില്ല് എന്തിയവർ അപ്പൊ ദുര്യോധനൻ എതിർപക്ഷത്ത് കാണുകയാണ് അവിടെ വലിയ വില്ല് എന്തിയിട്ടുള്ള മഹാരഥന്മാർ ഉണ്ട് എന്ന് ഒന്നാം അധ്യായത്തെ വളരെ നന്നായി പരിചയപ്പെടേണ്ടതുണ്ട് അപ്പോഴാണ് യുദ്ധ ഈ ഭഗവത്ഗീതയുടെ യുദ്ധം എന്താണ് എന്ന് മനസ്സിലാവുക എന്താണ് വലിയ വില്ല് വലിയ വില്ലിനെ കുറിച്ച് പറയുന്നത് ഉപനിഷത്താണ് ഉപനിഷത്ത് വലിയ വില്ലിനെ കുറിച്ച് പറയുന്നുണ്ട് എന്താണത്ര പ്രണവോ ധനുഹോ പ്രണവമാണത്രേ ധനുസ് ത്മാ ശരമാണ് ആത്മാ നാം ആത്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മനസ്സ് ബുദ്ധി ബോധം ഇത്യാദി പല എന്താ അർത്ഥങ്ങളുണ്ട് നമ്മൾ പഠിക്കുവത് ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ആത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മന അപ്പൊ കുറെ അവിടെ പഠിക്കും ആത്മൻ ശബ്ദം ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ബോധത്തിനും ഒക്കെ പറഞ്ഞിരിക്കുന്നു അപ്പൊ ശരോ ഹി ആത്മാ ശരാ ഹി ആത്മാ നാം തന്നെയാണ് ശരം അപ്പൊ നാമാകുന്ന ശരം എവിടെയാണ് എടുത്തുവയ്ക്കുന്നത് അത്ര പ്രണവോ ധനുഹോ പ്രണവമാകുന്ന ധനുസിൽ ഓങ്കാരമാകുന്ന ധനുസിൽ അപ്പൊ ഏറ്റവും വലിയ വില്ല അത് തന്നെയാണ് അത് എന്തിയവരാണ് എതിർപക്ഷത്ത് അതാണ് തത്വവിചാരം ചെയ്യുമ്പോൾ കിട്ടുക പിന്നെ ലക്ഷ്യമേതാ ബ്രഹ്മ തൽക്ഷ്യം ഉച്ചതേ ബ്രഹ്മമാണ് ലക്ഷ്യം അപ്പൊ ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിലേക്ക് ശരമാകുന്ന നമ്മെ തന്നെ പ്രണവമാകുന്ന വില്ലിൽ എടുത്തുവെച്ചുകൊണ്ട് എയ്യ ഇതാണ് യുദ്ധം ആധ്യാത്മിക യുദ്ധം സ്പിരിച്വൽ വാർ ഈ യുദ്ധമാണ് ധർമ്മയുദ്ധം വേറൊരു യുദ്ധവും ധർമ്മത്തെ സ്ഥാപിക്കാൻ പോന്നതല്ല ആയുധങ്ങളെ കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു യുദ്ധവും ലോകത്ത് ഒരാൾക്കും ഒരു കാലത്തും ധർമ്മം ശാന്തി എന്നൊന്ന് കൊടുത്തിട്ടില്ല ദുഃഖം മാത്രമേ അവശേഷിക്കുന്നു യഥാ ചർമ്മവതാകാശം വേഷ്ടൈഷ്യന്തിമാനവാഹ ഉപനിഷത്തിൽ പറയുന്നുണ്ട് എപ്രകാരം ആകാശം തോൽപ്പായ പോലെ ചുരുട്ടി കക്ഷത്ത് വെച്ച് നടക്കാൻ പാകത്തിന് സാധിച്ചാൽ അവന്റെ ദുഃഖത്തിന് അറുതി ഉണ്ടാവുന്ന അത് സാധിക്കും ഇല്ല സാധ്യല്ല ആത്മാവിനെ ദർശിക്കാതെ എന്നാൽ ആത്മാവിനെ ദർശിക്കാതെ അവന് ശാന്തി ഉണ്ടാവും സ്വരൂപത്തെ അറിയാതെ എങ്ങനെ അവന് സാധിക്കണം ആകാശത്തെ ചുരുട്ടി പായ പോലെയാക്കി വെച്ച് നടക്കാൻ അവന് സാധിച്ചാൽ അപ്പൊ ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തെയാണ് ധർമ്മയുദ്ധം എന്ന് പറയാം മഹാഭാരത യുദ്ധത്തിൽ ഭഗവാനും അർജുനനും ചേർന്നുള്ള യുദ്ധത്തിന് ധർമ്മയുദ്ധം എന്ന പേര് അത് ഇവിടെ ഇതാണ് അപ്രമത്തേന വേദ്ധവ്യം ശരവത്തന്മയോ ഭവേദ് തുടർന്ന് മനുഷ്യത്ത് പറയാം അപ്രമത്തേന വേദ്ധവ്യം ശരവത്തന്മയോ ഭവേദ് ആ ശരമായി ലക്ഷ്യവും ലക്ഷ്യത്തിലേക്ക് എഴുതുകഴിഞ്ഞാൽ ആ ശരവും ലക്ഷ്യവും ഒന്നായി തീരണം പാമ്പിന്റെ ആ പോക്ക് എന്താണ് അത് മാർഗമാണ് ആ ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ ശരവത്തന്മയോഭവേ അതായി തീരണം ഇങ്ങനെ വലിയ വില്ലേന്തിയിട്ടുള്ളവർ മഹേഷ്വാസാഹ ആരൊക്കെയാണത് യുതി യുദ്ധത്തില് ഭീമാർജുന സമാഹ ഭീമൻ അർജുനൻ ഭീമനും അർജുനനും സമമായിട്ടുള്ളവരും യുയുധാന വിരാട മഹാരഥ്രുപ്രഷ്ടകേതു ചേകിതീര്യവാൻ കാശിരാജരുജി കുന്തിഭോജ നരപുംഗവ ശൈബ്യ വിക്രാന്ത യുധാമന്യു വീര്യവാൻ ഉത്തമൗജ സൗഭദ്ര ദ്രൗപദേയാ മഹാരഥാ ഇവരെല്ലാവരും തന്നെ മഹാരഥന്മാരാണ് ആരൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ഓരോരുത്തരെയായിട്ട് നമുക്ക് നോക്കാം എല്ലാവരും ഭീമനും അർജുനനും സമമായിട്ടുള്ളതാണ് ഭീമൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളുക കർമ്മത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് മഹത്തായ കർമ്മം ഒന്നാം അധ്യായത്തിൽ വരുന്നുണ്ട് ഭീമനെ പരിചയപ്പെടുത്തുമ്പം തന്നെ പറയുന്നത് ഭീമകർമ്മ എന്നാണ് അർജുനൻ ഋചുത്വമാർന്ന ഭാവം ഈ ഭീമൻ ഈ അർജുനന്റെയും ഭഗവാന്റെയും സമ്മേളനമാണ് ഭഗവത്ഗീതയുടെ താത്പര്യം എന്ന് ആമുഖമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഏകശ്ലോകീ ഗീത ഏകശ്ലോകീ ഗീതയായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് സഞ്ജയന്റെ വചനമാണ് ഇതിലെ ചരമശ്ലോകം എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർമ്മ പ്രസിഡന്റ് അദ്ദേഹം പറയുണ്ടായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശ അദ്ദേഹത്തിന്റെ ആശയമല്ല ഇതിന് മുൻ അതായത് അദ്ദേഹം അത് പറയുന്നു അദ്ദേഹം പറയുന്ന ഇതാണ് അതായത് മനുഷ്യന്റെ മു മനുഷ്യന്റെ പുരോഗതിയിലേക്ക് മനുഷ്യവംശത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ പോകുന്ന സാങ്കേതിക വിദ്യ ആ സാങ്കേതിക വിദ്യയ്ക്ക് അനുസരിച്ചുള്ള ആ മനുഷ്യ മനസ്സ് അതിൻ്റെ രണ്ടിൻ്റെയും രണ്ടെണ്ണാണ് വളരെ പ്രധാനപ്പെട്ടതെന്നാണ് അങ്ങനെ ഒരു സംസ്കാര സമ്പന്നമായ മനസ്സ് അതുപോലെ ഈ സാങ്കേതിക വിദ്യ രണ്ടുകൂടെ ചേർന്ന് കഴിഞ്ഞാലോ രാജ്യത്തിന് ഒരുപാട് ശ്രേയസ് ഞാൻ കാണുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതാണ് അതിലേക്ക് യുവാക്കളെ എന്താ പറയുക പ്രേരിപ്പിക്കുക കർമ്മം ചെയ്യാനുള്ളൊരു ധീരമായ ഒരു തയ്യാറെടുപ്പ് ഒപ്പം അറിവ് അപ്പൊ ഇവിടെ ഭീം അർജുനൻ എന്ന് പറഞ്ഞാൽ ആ രുചിത്വമാർന്ന ഭാവം യുയുധാന യുദ്ധം ചെയ്യുന്നതിൽ യുയുധാനെന്ന് പറഞ്ഞാൽ എന്നാണ് സാത്യകി എന്ന് പറഞ്ഞാൽ സത്വഗുണം എന്നത് തന്നെയാണ് സത്യം അപരാജിത എന്ന് പറയും പരാജയമില്ല എവിടെയും വിരാടഹ വിരാട് എന്ന് പറഞ്ഞാൽ വിരാ വിരാടഹ എന്ന് പറഞ്ഞാൽ വിരാട് എന്ന് തന്നെയാണ് വിരാട് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന എന്നാണ് വിരാട് ഭഗവാന വിരാട് പുരുഷൻ എന്ന് പറയുന്നു നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അഖണ്ഡം എന്ന് പറയും മുറിവില്ലാത്ത ഇതൊക്കെ സദ്ഗുണങ്ങളാണ് ഇവിടെ പതിനേഴ് പതിനേഴോളം സദ്ഗുണങ്ങളെ ഈ താത്വികമായി വ്യാഖ്യാനിക്കാൻ സാധിക്കുമെന്ന് പറയാം പിന്നെ ദ്രുപദ നേരത്തെ പറഞ്ഞു പദം ഇളകാത്ത ഉറപ്പുറ്റ നിൽപ്പ് അതുപോലെ ദൃഷ്ടകേതുഹു ദൃഷ്ടകേതുഹു എന്ന് പറഞ്ഞാല് കണ്ട മാത്രയാൽ ദൃഷ്ടദ്യുനന്റെ പുത്രൻ കാഴ്ചക്കാർക്ക് തന്നെ ഭയം ജനിപ്പിക്കുന്നവനാ കാണുന്ന മാത്രയിൽ തന്നെ അതായത് പോലീസ് വണ്ടിയൊക്കെ കാണുമ്പോൾ കള്ളന്മാര് എങ്ങനെ പെട്ടെന്ന് ഉൾവലിയുമല്ലോ അതുപോലെ അവരനിൽ ഭയത്തെ ജനിപ്പിക്കാൻ ഭയം എന്ന് പറഞ്ഞാൽ ഈ സത്യത്തിന് സത്യത്തിൽ നിലനിൽക്കാത്തവർക്ക് അത് കാണുന്ന സമയത്തൊരു ഭയമുണ്ടാവും ആ ഒരു എന്നാ സദ്ഭാവത്തെ പറയുന്നു അതുപോലെ ധ്രുപദ ദൃഷ്ടകേതു വീര്യവാൻ കാശിരാജ കാശി എന്ന് പറഞ്ഞാൽ നിർവാണം മോക്ഷം എന്നൊക്കെയാണ് അത്ര കശനാദ് ഇതി നിർവാണം കശനാദ് ഇതി കാശിഹി എന്നാണ് നിർവാണ അവസ്ഥയിലിരിക്കുന്ന ആ നിർവാണഭാവം കശനാതിഥി കാശി കായത്തെ കാശിയാക്കിയവൻ ശരീരത്തെ തന്നെ കാശിയാക്കിയിട്ടുള്ളവനാണ് കാശി എന്ന് പറയുമ്പോ ഉത്തര കാശി കേട്ടിട്ടില്ലേ കാശിക്ക് ഒരു പ്രത്യേകതയുണ്ട് അപ്പം അത് നിർവാണത്തിന്റെ ഇടമാണത്രേ കാശിരാജ വീര്യവാണ് പുരുജിത്ത് പുരത്ത് ജയിച്ചവൻ എന്നാണ് പുരുജിത്ത് എന്ന് പറയുമ്പോൾ പുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെയാണ് നവദ്വാരെ പുരേ ദേഹി എന്ന് പറയുന്നു പുരത്ത് ജയിക്കുക എന്ന് പറഞ്ഞാൽ ശരീരമനോബുദ്ധി ഉപാധികൾക്കപ്പുറത്തുള്ള ഞാൻ കേവലം ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല ഈ അന്ധകരണങ്ങളൊന്നുമല്ല ഇതിനപ്പുറത്തുള്ള ഒന്നാണ് ഞാൻ എന്ന് അറിവിലേക്കുണർന്നവൻ പുരത്ത് ജയിക്കുക എന്ന് പറഞ്ഞ ശരീരമനോബുദ്ധി ഉപാധികൾക്കപ്പുറത്തുള്ള ഞാൻ കേവലം ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല ഈ അന്ധകരണങ്ങളൊന്നുമല്ല ഇതിനപ്പുറത്തുള്ള ഒന്നാണ് ഞാൻ എന്ന അറിവിലേക്കുണർന്നവൻ തക്ക സദ്ഭാവങ്ങളാണ് ശൈബ്യഹ ശിബി പരമ്പരയിൽ വരുന്ന ശിബി ആ ചക്രവർത്തിയുടെ ദാനശീലനായിട്ടുള്ള പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് യുധാമന്യു വിക് വിക്രാന്ത പരാക്രമിയായിട്ടുള്ള യുധാമന്യു വീര്യവാൻ ഉത്തമ ഉത്തമമായ ഓജസ്സോടുകൂടിയിട്ടുള്ള ഉത്തമോജസ് പേരുകളൊക്കെ നോക്കിക്കോളൂ നല്ല പേരുകളാണ് ഉത്തമോജസ് ഉത്തമമായ ഓജസ്സോടുകൂടിയിട്ടുള്ള സൗഭദ്ര ദ്രം എന്ന് പറഞ്ഞാൽ തന്നെ മംഗളം എന്നാണ് സുഭദ്രയുടെ പുത്രനായതുകൊണ്ട് സൗഭദ്ര സുഷ്ടും ഭദ്രം യസ് സുഭദ്ര ദ്രൗപദയാ ദ്രൗപതിയുടെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് പറയണു ദ്രൗപതിയുടെ പുത്രന്മാരായിട്ട് പ്രതിവിന്ധ്യൻ സുതസോമൻ ശ്രുതകീർത്തി ശ്രുതകർമ്മ എന്ന് പറയാറുണ്ട് ശ്രുതകീർത്തി അതുപോലെ ശതാനീകൻ ശ്രുതസേനൻ പാണ്ഡവന്മാരില് ദ്രൗപതിക്ക് ഓരോരോ പുത്രന്മാര് ജനിക്കുന്നുണ്ട് എന്താണ് അതിന്റെ താല്പര്യം എന്നാണെങ്കിൽ ഈ സദ്ഭാവം സദ്ഭാവങ്ങൾ പാണ്ഡവാദികളെ സദ്ഗുണങ്ങളായി ചിത്രീകരിച്ചാൽ ആ സദ്ഗുണങ്ങൾ സദ്ഗുണം മനസ്സുമായി സമ്മേളിക്കുന്ന വേളയിൽ മനസ്സുമായിട്ടുള്ള ചേർച്ചയിൽ മറ്റൊരു സദ്ഭാവം പ്രകടമാവും അതാണ് സന്താനമായിട്ട് കാണിക്കുന്നത് അതുകൊണ്ടാണ് വ്യാസര് എന്താണ് പതിവ്രതയാണ് ദ്രൗപതി എന്നൊക്കെ പറയുന്നത് അപ്പൊ ഓരോരോ സദ്ഭാവങ്ങളുണ്ട് അതെന്തൊക്കെയാണ് അത്ര ലാവണ്യം വാത്സല്യം ദ കീർത്തി ഇത്യാദി സദ്ഭാവങ്ങൾ അതാണ് ഈ പുത്രന്മാരായിട്ട് പ്രതിവിന്ധ്യനായിട്ടും സുതസോമനായിട്ടും ശ്രുതകീർത്തിയായിട്ടും ശതാനീകനായിട്ടും ശ്രുതസേനായിട്ടും അപ്പൊ ദ്രൗപതി ധ്യാനരൂപിണിയാണ് ധ്യാനത്തിലാണ് ധ്യാനാവസ്ഥിത മനസ്സിലാണ് ഈ സദ്ഭാവവും ഈ കർമ്മ കർമ്മത്തിന് മുൻപായിട്ട് ഇത്തരത്തിലുള്ള സദ്ഭാവങ്ങളുമായിട്ട് ചേരുന്ന സമയത്ത് മറ്റൊരു ഭാവത്തെ പ്രകടമാവുന്നു അതിപ്പം നമുക്ക് കാണാൻ പറ്റുമല്ലോ ആളുകളിൽ ഓരോരോ വിശിഷ്ട മൂല്യങ്ങളും എങ്ങനെയാണ് ഈ വിശിഷ്ട മൂല്യങ്ങൾ ഉണ്ടാവുന്നത് മറ്റൊരു മൂല്യവുമായിട്ട് മനസ്സ് താതാത്മ്യം പ്രാപിക്കുമ്പോൾ അതേസമയത്ത് ഈ ദുർഗുണങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോഴോ അതിനനുസരിച്ച് സന്താനങ്ങളും ഉണ്ടാവും എന്തൊക്കെയാണ് ദുര്യോധന ദുശാസനാദികൾക്ക് ഉണ്ടാവുന്നത് പോലെ കുറെ എണ്ണം അതൊക്കെ ഇതാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് ദുർഗുണവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം കർമ്മഭൂമിയിൽ എന്തൊക്കെ ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുന്നത് ഗ്ലാസ് എന്നൊന്നുള്ള നോട്ടമില്ല എടുത്തൊരേറാണ് അല്ലേ ഇങ്ങനെ സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക നശിപ്പിക്കുക ഇരിക്കുന്ന കസാര തന്നെ എടുത്തൊരു രണ്ടടി അടിക്കും അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തെറിയുക ഇതൊക്കെ ഇതിൻ്റെ സന്താനങ്ങളാണ് പിന്നീട് പല്ലിങ്ങനെ കടിക്കുക കടിച്ചു കടിച്ചു ഇവിടെ അങ്ങനെ ഒരു ശബ്ദം കേൾക്കും കൃഗ എന്തിനും ദേഷ്യ സ്വാമി പറയൂ എങ്ങനെയാ മാറ്റുക അത് പറഞ്ഞേരാ അത് വരുന്നുണ്ട് തൊട്ടതിനും പിടിച്ചതിനും അതൊക്കെ അതിന്റെ സന്താനങ്ങളാണ് അപ്പം ഈ ദേഷ്യം എന്ന സന്താനത്തെ മാറ്റണമെങ്കിൽ എന്തുവേണം ഇവിടെ വേഴ്ച മാറ്റണം ആരോ ആയിട്ട് സമ്പർക്കം പുലർത്തുന്നുണ്ട് അതിലിങ്ങനെ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇവിടുത്തെ ഈ എന്താ പറയുക പരിണയം നിർത്തണം എന്ന് പറയുക അതുകൊണ്ട് ഈ ദ്രൗപതിയിൽ ഉണ്ടാകുന്ന ധ്യാനരൂപിണിയായിട്ടുള്ള ദ്രൗപണി ദ്രൗപതിയിൽ ദ്രൗപദേയന്മാർ ദ്രൗപദേയാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദ്രൗപദേയന്മാരായിട്ട് ഈ അഞ്ചു പേരും ഇതെല്ലാം തന്നെ സദ്ഗുണങ്ങളാണ് എന്ന് പറയാം ഈ സദ്ഗുണങ്ങളൊക്കെ അവിടെ നിലകൊള്ളുന്നത് ആദ്യം തന്നെ വ്യാസൻ നമുക്ക് ഈ ദുര്യോധനിലൂടെയാണെങ്കിലും ദുര്യോധനൻ പറയുന്നതായിട്ട് കാണിച്ചു തരുന്നു തുടർന്ന് എന്തൊക്കെയാണ് നോക്കാം അസ്മാക്കം വിശിഷ്ടേ താൻ നിബോധ നായകർത്ഥം താൻ പ്രവീമിതേ ഇനി സ്വസൈന്യത്തില് സ്വന്തം സൈന്യത്തില് ആരൊക്കെയാണ് നിലകൊള്ളുന്നത് അതിനെക്കുറിച്ചും ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം അസ്മാകം തുശിഷ്ടാഹ ആരൊക്കെയാണോ വിശിഷ്ടാഹ നമ്മുടെ സൈന്യത്തിലുള്ളത് താൻ അവരെ താൻ പറഞ്ഞാൽ നമ്മുടെ കോട്ടയം ഭാഷയിലെ താനല്ല താൻ പറഞ്ഞ തനിക്ക് എന്നല്ല അവരെ താൻ നിബോ നിബോധ ബോധിപ്പിച്ചു തരാം ഹേ ദ്വിജോത്തമ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ നായകാഹ മമ സൈന്യസ്യ എന്റെ സൈന്യത്തിലെ നായകന്മാരെയൊക്കെ ഞാൻ പറഞ്ഞു തരാം സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ തേ അങ്ങേക്കായിക്കൊണ്ട് സംജ്ഞാർത്ഥം സംജ്ഞയോടുകൂടിയിട്ട് അവരുടെ കുടുംബപ്പേര് ചൊല്ലി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം ഇതും ദുര്യോധനന്റെ ദുര്യോധനത്വമാണ് ആര് ആരോട് എന്താണ് പറയുന്നത് പ്രായം കൊണ്ട് ഈ ദുര്യോധനേക്കാൾ എത്രയോ മുകളിലാണ് ദ്രോണർ ദ്രോണരാണ് ഇവരെയൊക്കെ ഈ വിദ്യ പഠിപ്പിച്ചു കൊടുത്തത് ദ്രോണർക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരെയും അറിയാം ഇവരൊക്കെ ആരാണ് എന്താണ് അത് ഇയാൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരനുഭവം പറഞ്ഞേരാം നമ്മുടെ ഈ വസ്ത്രം ഇട്ടതിന് ശേഷമുള്ള നമുക്ക് ഈ വസ്ത്രം തന്നതും പേര് തന്നതും ഇപ്പോഴത്തെ ചിന്മയാമിഷന്റെ പരമാചാര്യനായിട്ടുള്ള തേജോമാനന്ദ സ്വാമികളാണ് അപ്പൊ സ്വാമിജി നമ്മളെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ആ സെന്ററിൽ വന്ന സമയത്ത് അവിടെ ഒരാൾ പരിചയപ്പെടുത്തി കൊടുക്കുക ഇത് ബ്രഹ്മചാരി സന്ദീപ് ചൈതന്യ ആർക്ക് സ്വാമിജിക്ക് എങ്ങനെ ഉണ്ടാവും സ്വാമിജിയാണ് നമുക്ക് പേര് തന്നത് സ്വാമിജിയാണ് വസ്ത്രം തന്നത് ആ സ്വാമിജിയോട് പറയാണ് സ്വാമിജി ഇത് സന്ദീപ് ചൈതന്യാണ് ഇതുണ്ടായതാ ഇവിടെ ദുര്യോധന മനസ്സ് പറയണം ആരാണ് വിളിക്കുന്നതോ അബദ്ധം ഹേ ദ്വിജോത്തമ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ യുദ്ധഭൂമിയിൽ തികച്ചും യോജിക്കാത്തത് നമുക്ക് തോന്നിയിട്ടുള്ള ഉദാഹരണം ഷാപ്പില് വെച്ചിട്ട് തിരുമേനി എന്ന് വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും അഥവാ തിരുമേനി കഴിക്കാൻ പോയാൽ തിരുമേനി ആ അച്ചാറും കണ്ടെടുത്തേ ഹൈ എന്താ ഇത് ഇവിടെ കേശവൻ എന്ന് വിളിച്ചാൽ മതി പുറത്ത് അവിടെ ചേരില്ല ആ വിളി എന്ന് പറയാ ഇതുപോലെ എവിടെയാണ് ദ്വിജോത്തമ ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് പറയുമ്പം യുദ്ധഭൂമിയിലേക്ക് അത് യോജിക്കുന്നതല്ല അദ്ദേഹം ബ്രാഹ്മണൻ ആണെങ്കിൽ കൂടി അതുകൊണ്ട് തന്നെ വ്യാസൻ ഇവിടെ ദ്വിജോത്തമ എന്ന് പറയുമ്പം ബ്രാഹ്മണന്റേതായിട്ടുള്ള ചില കർത്തവ്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജന്മം എടുത്തവെന്ന രണ്ടാമത്തെ ജന്മം രണ്ടാമത്തെ ജന്മം എന്ന് പറഞ്ഞാൽ പുനർജന്മമല്ല ആദ്യ ജന്മം ആദ്യ ജനനം മാതൃഗർഭത്തിൽ നിന്നാണ് അതിന് ഫിസിക്കൽ ബർത്ത് എന്ന് പറയും രണ്ടാമത്തത് സ്പിരിച്വൽ ബർത്താണ് അതെപ്പോഴാണ് ഗുരുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴ ഉപനയിക്കുമ്പോഴാണ് ഉപനയനത്തിലൂടെയാണ് ഒരുവൻ ദ്വിജനാവുന്നത് അല്ലെങ്കിലോ ജനിച്ചു ഉള്ളൂ അതുകൊണ്ട് ഉപനിഷത്തിൽ ജനാഹ എന്ന് പറയും ജനിക്കുക മാത്രം ചെയ്തവർ ഈ ജനിക്കുക മാത്രം ചെയ്തവരെ ജനങ്ങൾ എന്ന് പറയും ദ്വിജൻ നരൻ എന്നൊക്കെ പറയുമ്പോൾ നരൻ എന്ന് പറഞ്ഞാൽ നേതൃഗുണം ഉള്ളവൻ എന്നാണ് അത് ദ്വിജനാവുമ്പോഴാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്ന് ധരിച്ചേക്കരുതേ ബ്രഹ്മണി ചരിതും ശീലം യസ്യ സ ബ്രാഹ്മണ ഇതാണ് ലക്ഷണം ബ്രഹ്മണി ചരിതും ശീലം ബ്രഹ്മമാർഗത്തിൽ സത്യമാർഗത്തിൽ ചരിക്കുന്ന ശീലം ആർ സ്വായത്തമാക്കിയോ അവൻ ബ്രാഹ്മണൻ ബ്രാഹ്മണി ചരിതും ശീലം യസ്യ സ ബ്രാഹ്മണ സ ബ്രഹ്മചാരി ബ്രാഹ്മണോ ഭോജനപ്രിയ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ബ്രാഹ്മണന്മാർ ചാപ്പാട്ട രാമന്മാരാണ് എന്ന് അതും തെറ്റായിട്ടുള്ള ദുർവ്യാഖ്യാനമാണ് പറയുന്നത് ബ്രാഹ്മണ ബ്രാഹ്മണൻ Bho. എന്ന് പറഞ്ഞ അല്ലയോ എന്നാണ് ഭോ സംബോധനയാണ് ജനപ്രിയ എന്നാണ് ജനഹിത തത്പരനാണ് ബ്രാഹ്മണൻ ജനങ്ങളുടെ ഹിതത്തിൽ തത്പരനാണ് അയാൾക്ക് ശാപ്പാടുമായിട്ട് ഒരു ബന്ധവും ഇല്ല എല്ലാവരെ പോലെ കഴിക്കും അല്ലാതെ ബ്രാഹ്മണ ബ്രാഹ്മണ ഊട്ട് അതിൽ നിന്നുണ്ടായതാണ് അത്ര ബ്രാഹ്മണവും ഭോജനപ്രിയാണ് അതുകൊണ്ട് ബ്രാഹ്മണന്മാരെ വിളിച്ച് ഊണ് കൊടുക്കും എന്തൊക്കെ അനാചാരങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് ബ്രാഹ്മണൻ ഊൺ അന്വേഷിക്കാറേ ഇല്ല ബ്രാഹ്മണന്റെ അടുത്ത് ഊണെത്തും അങ്ങനെയാ ഗുരുവിനോട് ശിഷ്യം ചോദിച്ചു ഗുരു സത്യാന്വേഷണത്തിന് പുറപ്പെട്ടാൽ ഭക്ഷണം കിട്ടുമെന്ന് ഓ കിട്ടും എനിക്ക് കിട്ടും ഇല്ല നിനക്ക് കിട്ടില്ല അതെന്താ നീ അന്വേഷിക്കുന്നതേ ഊണാണ് സത്യാന്വേഷണത്തിന് പോയാൽ കിട്ടും ഊണാൻ ഊണന്വേഷിക്കുന്നവന് ഊണ് കിട്ടില്ല അതുകൊണ്ട് ബ്രാഹ്മണൻ ഭോജനപ്രിയനാണോന്ന് വെച്ചാൽ സാധാരണക്കാർ എല്ലാവരെ പോലെ അദ്ദേഹത്തിന് വിശപ്പുണ്ടെങ്കിൽ അദ്ദേഹം കഴിക്കും അല്ലാതെ ഭക്ഷണത്തിന് വേണ്ടി ജനിച്ചവനല്ല അവൻ ഭോ ജനപ്രിയ സ്വാമി ഉണ്ടാക്കി പറയല്ല അത് തന്നെയാണ് അതിന്റെ ശരി അപ്പം ഹേ ഹേ ദ്വിജോത്തമ അല്ലയോ ബ്രാഹ്മണ എന്ന് പറയുമ്പം എന്താണ് ഇവിടെ ദുര്യോധനൻ പറയുന്നത് സ്ഥാനം തെറ്റിച്ചു പറഞ്ഞതാണെങ്കിലും വ്യാസൻ അതുകൂടെ പറയുന്നുണ്ട് ഇത് കേവലം ബാഹ്യമായ യുദ്ധമല്ല ആന്തരികമായ യുദ്ധമാണ് അസ്മാകം തു വിശിഷ്ടാഹ നമ്മെ സംബന്ധിക്കുന്നവരിലും ശ്രേഷ്ഠന്മാരുണ്ട് മമ സൈന്യസ്യ എന്റെ സൈന്യത്തിൽ നായകന്മാരായിട്ട് എന്റെ സൈന്യത്തിൽ എന്നാ പറയുന്നത് അങ്ങനെ ഇയാളുടെ സൈന്യമാവുക ഭീഷ്മരും ദ്രോണരും ഉള്ളതുകൊണ്ട് മാത്രമാണ് പലരും അവിടെ നിൽക്കുന്നത് തന്നെ ഈ വോട്ടുപിടുത്തം പോലെയാണ് മഹാഭാരത യുദ്ധത്തിന് മുൻപായിട്ട് അവിടെ ഈ പല ബൂത്തുകൾ ഉണ്ടാക്കി വെക്കുമല്ലോ പണ്ടൊക്കെ അതുണ്ടായിരുന്നു പണ്ട് വോട്ട് ചെയ്യാൻ പോകുമ്പോ അവിടെ ഉപ്പുമാവും പഴവും കൊടുക്കും നാവിലെ ഇപ്പൊ അതൊന്നും പാടില്ല എന്നാ ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്രയെ ചെല ചെലവാക്കാവൂ എന്നൊക്കെ ഉണ്ടേ അപ്പം മഹാഭാരത യുദ്ധത്തില് ഇതുപോലെ പലയിടത്തു നിന്നും രാജാക്കന്മാര് വരുമ്പം ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവർക്കറിയില്ല ആരുടെ കൂട്ടം ഇവർക്കൊക്കെ അറിയാം ഭീഷ്മരെ അറിയാം ദ്രോണരെ അറിയാം ഇങ്ങനെയൊക്കെയുള്ള പലരെയും അറിയാം ഇവരെയൊക്കെ അങ്ങനെ ഇവരുടെയൊക്കെ പോസ്റ്ററാണ് അവിടേക്ക് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കൃഷ്ണന്റെ പോസ്റ്ററൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ വിളിച്ചാൽ ഈ പാളയത്തിൽ കയറ്റി കഴിഞ്ഞാൽ ഇവരുടെ ഈ ബൂത്തിൽ കയറ്റിയിട്ട് എന്ത് ചെയ്യും ഊണും ഉറക്കും ഒക്കെ കൊടുക്കും വിശ്രമമൊക്കെ കൊടുക്കും പിന്നെ അവരുമായിട്ടുള്ളൊരു ബാധ്യതയായി മാറുക എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഇറങ്ങുക അല്ലാതെ ഈ ദുര്യോധന എല്ലാവർക്കും അറിയാം ഇവൻ മഹാപൂ എന്താ പറയുക കുഴപ്പക്കാരനാണ് എന്ന് എന്നിട്ടിവിടെ പറയുന്നതോ മമ സൈന്യസിയ എന്റെ സൈന്യത്തില് ആരൊക്കെയാണെന്ന് പറയാം പറയാൻ പോകുന്നതോ അബദ്ധങ്ങൾ മാത്രം കാണേണ്ട നമുക്ക് കാണേണ്ടതാണിത് ഈ അടുത്ത രണ്ട് ശ്ലോകങ്ങൾ നോക്കാം ീഷ് കർണശ്ച സമിതി ജയ അശ്വമാവികർണ സൗമദിസ്ഥ അന്യേ ചൂരാജീവിതാശസ്ത്ര ഭവാൻ ഭീഷ്മ ആദ്യം തന്നെ പറയുന്നു ഭവാൻ ഞാൻ പരിചയപ്പെടുത്താൻ ആരോക്കിയാണ് ഒന്ന് അങ്ങ് തന്നെ ആരാണ് എന്റെ സൈന്യത്തിലെ നായകന്മാർ എന്ന് പറഞ്ഞാൽ അങ് എന്റെ ജോലിക്കാരനാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയാം ഈ ദുര്യോധനത്വം കൂടിയാൽ ഉള്ള വാക്കുകൾ ഇതൊക്കെയാണ് ശ്രദ്ധിച്ചോളൂ അത് അച്ഛൻ എന്നില്ല അമ്മ എന്നില്ല ഭാര്യ എന്നില്ല ഭർത്താവ് എന്നില്ല അവരോടൊക്കെ ധനത്തിൻ്റെ മുകളിൽ സംസാരിക്കുക നീ അധികമൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഞാനാണ് ചെലവിന് തരുന്നത് അതുകൊണ്ട് സംസാരിക്കാനുള്ള യാതൊരു അധികാരവും നിനക്കില്ല അതുകൊണ്ട് ഞാനാണ് ഇവിടുത്തെ സൈന്യ നായകൻ അതുകൊണ്ട് ഞാൻ എന്റെ സൈന്യത്തിലെ ഒരാളാണ് അംഗം ആദ്യം തന്നെ അങ്ങ് ഭവാൻ നമ്മൾ ഈ കല്യാണമൊക്കെ വരുന്ന സമയത്ത് വിളി ആരെയൊക്കെ വിളിക്കണം എന്നൊക്കെ പറയുമ്പോ ഉണ്ടാവില്ലേ പിന്നെ ഈ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോ ഓ നിങ്ങളുടെ വീട്ടുകാരുടെ പുണ്യം അല്ല എന്താ പറയുക പറയണ്ടെ കൊണ്ട് നിങ്ങളുടെ നിന്റെ അപ്പം ഇദ്ദേഹവും തുടങ്ങും ഭവാൻ ഒന്ന് അങ്ങ് തന്നെ പിന്നെയോ ഭീഷ്മര് ഭീഷ്മര് അതും എന്റെ സൈന്യത്തിലെ ഒരു നായകനാണ് ഇവര് രണ്ടു പേരുമാണ് ഈ കൗരവ പക്ഷത്ത് ജയിക്കേണ്ടുന്നവർ ധ്യാന ശ്ലോകത്തിലെ മധുസൂദന സരസ്വതി ഭീഷ്മദ്രോണതട എന്ന് പറഞ്ഞു അല്ലേ ആരാണ് ഭീഷ്മർ മറ്റ് എന്താ പറയുക ചരിത്രപരമായിട്ടുള്ള പശ് ആ ഇതൊക്കെ വിട്ടേക്ക് ഭീഷ്മർ ഭയത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് ഭീഷ്മരുടെ ചെയ്തികളെയൊക്കെ ഒന്ന് വിശകലനം ചെയ്താൽ ഇത് കണ്ടെത്താൻ സാധിക്കും തൻ്റെ ശരശയ്യ താൻ തന്നെ തീർത്തതാണ് താൻ തന്നെ തീർത്തതാണ് ആ ശരശൈ്യ തൻ്റെ കർമ്മങ്ങളിലൂടെ നമ്മളും ഇതുപോലെ നമ്മുടെ ശരശയ്യ തീർക്കുകയാണ് എന്നിട്ട് ആ ശരശയ്യയിൽ ഉത്തരായണം കാത്ത് പിന്നെ അവിടുന്ന് സഹസ്രനാമൊക്കെ ജപിച്ച് രക്ഷപ്പെട്ടു എന്നാണ് എന്തായാലും അപ്പോഴെങ്കിലും അപ്പൊ ഭയത്തിൽ നിന്നാണ് ഭയത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ഭീഷ്മ ദ്രോണൻ രണ്ടിനെ ദ്വൈതത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഇത് രണ്ടാണ് ജയിക്കാനുള്ളത് ദ്രോണരെയും ഭീഷ്മരെയും ദ്വിതീയാ രണ്ടിൽ നിന്നാണ് ഭയം തന്നെ ഉണ്ടാകുന്നത് ദ്വിതീയാതുവൈ ഭയം ഭവതി അഥവാ ഭ്രമം ഭവതി രണ്ടിൽ നിന്നാണ് ഭയവും ഭ്രമവും ജനിക്കുന്നത് ദ്വൈത ആചരണത്തെ കാണിക്കുന്നു ദ്രോണർ എന്നാണ് രണ്ടിനെ ണ്ടെന്ന ഭാവത്തെ രണ്ടുണ്ടാക്കി കാണിക്കുന്നു അപ്പൊ ഒരു യുദ്ധത്തിൽ ആധ്യാത്മികമായ യുദ്ധത്തിൽ തൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങി സ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്ന യുദ്ധത്തിലേക്ക് ഒരുവന് ജയിക്കാനുള്ളത് ഈ രണ്ടും ഭയവുമാണ് ഭയം മരണഭയാണ് ഇവിടെ ഈ ലോകത്തിലെ ഏറ്റവും ഭയം എന്ന് നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് ചേര് അല്ലെങ്കിൽ അവസാനം എത്തിച്ചേരുന്നത് ഈ മരണത്തില മരണഭയം ആരുടെ മരണമാണോ എന്റെ മരണമാണോ അത് വേറെ അതുണ്ട് പിന്നെയോ വേണ്ടപ്പെട്ടവരുടെ മരണം വേണ്ടപ്പെട്ടവരുടെ മരണമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ദുഃഖിക്കുന്ന ദുഃഖിപ്പിക്കുന്നത് എന്ന് പറയാം ഭയപ്പെടുത്തുന്നത് പിന്നെയോ താനെപ്പം മരിക്കുന്നുള്ളത് അത് വേറെ ഉണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഗ്യാസ് വന്നാൽ തന്നെ അത് ഹാർട്ടിന്റെ കുഴപ്പമാണോ അതാണോ ഇതാണോ എന്നൊക്കെ അന്വേഷിക്കുമ്പോഴേ അതിനോടും ഭയമുണ്ട് ഉയരത്തൊക്കെ കയറിയിട്ട് വലിയ ഉയരൊക്കെ കയറി താഴേക്ക് നോക്കുമ്പോൾ പേടിയാവും എന്തിനാ താൻ വീണുപോവോ ഇല്ലാതെയായി പോവോ എന്നൊക്കെയാണ് ഭയമുണ്ട് മരണഭയം അതിനെ ജയിക്കേണ്ടതുണ്ട് എന്ന് പറയും അതുകൊണ്ട് മഹാഭാരതത്തില് ഈ ഭയത്തെ ഇപ്പൊ തന്നെ മനസ്സിലാക്കിക്കൊള്ളാം ഇവരെ രണ്ടുപേരെക്കുറിച്ച് പറയുമ്പം ഈ ദ്രോണരെയും ഭീഷ്മരെയും ഭീഷ്മര് ചിരഞ്ജീവി ആയിട്ട് പറയും അല്ലേ മാത്രമല്ല ഭീഷ്മരെ ഇവിടെ ചിരഞ്ജീവി എന്നല്ല ഭീഷ്മര് പിതാമഹനാണ് ഭീഷ്മൻ പിതാമഹനാണ് ചിരഞ്ജീവി എന്നുള്ളത് വിട്ടേക്കും പിതാമഹനാണ് എന്ന് പറഞ്ഞാൽ ഭീഷ്മര് തലമുറകൾ കഴിഞ്ഞിട്ടും ഭീഷ്മരങ്ങനെ നിൽക്കുകയാണ് അതായത് അമ്പ പോയി അമ്പ മൃതിയടഞ്ഞു പിന്നെ ശിഖണ്ഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം അമ്പ മരിച്ചു വീണ്ടും ജനിച്ചു ഏകദേശം യുദ്ധഭൂമിയിലേക്കൊക്കെ വരാൻ പ്രായം പക് പക്വ മാറുന്ന പ്രായമൊക്കെ ആയപ്പോഴും ആളങ്ങനെ എന്താ പറയാ ലൈവാണെന്ന് പറയാ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം ഭയം പിതാമഹൻ തന്നെയാണ് മുതുമുത്തശ്ശനാണ് നമ്മുടെ മുത്തശ്ശന് ഭയമുണ്ടായിരുന്നു നമ്മുടെ കൊച്ചുമോനും ഭയമുണ്ട് അല്ലേ അതങ്ങനെ നിൽക്കും അതാണ് ഏറ്റവും ഗംഭീരമായിട്ട് അങ്ങനെ നിലകൊള്ളുന്നത് ആ ഭയത്തെയാണ് അർജുനന് വീഴ്ത്തേണ്ടത് ആ ഭയത്തെയാണ് അർജുനന് വീഴ്ത്തേണ്ടത് എങ്ങനെയാണ് അർജുനൻ അതിനെ വീഴ്ത്തുന്നത് ഇപ്പൊ മനസ്സിലാക്കിക്കോളൂ പിന്നേക്ക് വെക്കുന്നില്ല സ്വാമി ആ സമയത്ത് നമുക്ക് വേഗത്തിൽ പോവാം ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ട് ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ഭീഷ്മര വീഴ്ത്തി എന്ന് പറയുന്നതിന്റെ താത്പര്യം എന്താണ് എന്താണ് എന്താണ് അതിന്റെ താത്വികമായ വശം ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആണും പെണ്ണും അല്ലാത്ത ഒരാള് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകാം ഈ ആണും പെണ്ണും അല്ലാത്ത ഒരാളോട് ഭീഷ്മര് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരോട് യുദ്ധം ചെയ്യരുതെന്നാണ് അതെന്താ എന്നാ പിന്നെ അയാളെ മുൻപിൽ വെച്ചിട്ടാവാം യുദ്ധം അതുകൊണ്ട് ദുര്യോധനൻ പറയുന്നുണ്ട് ദുര്യോധനൻ ദുശാസനെ വിളിച്ചിട്ട് പ്രത്യേകം പറയുന്നുണ്ട് എവിടെയാണ് ശിഖണ്ഡി നോക്കണം ആ ശിഖണ്ഡിയെ നന്നായിട്ട് നോക്കി വേണം അവനെ പിടിക്കണം അവനെ ശരിയാക്കണം അവനെ കൊല്ലാൻ വേണ്ട ഏർപ്പാട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല അപ്പൊ ശിഖണ്ഡിയെ മുൻനിർത്തി അങ്ങനെയാണ് പ്രയോഗം തന്നെ ശിഖണ്ഡിയെ മുൻപിൽ വെച്ചുകൊണ്ട് അതുവരെ ആരായിരുന്നു അർജുനന്റെ മുൻപില് ഭഗവാൻ അപ്പൊ എന്ത് ഈ ഭീഷ്മരെ വീഴ്ത്താൻ ഭഗവാൻ നിന്നാൽ ശരിയാവില്ലായിരുന്നോ എന്തിനാ ശിഖണ്ഡിയെ ആ സമയത്ത് എല്ലാം ചെയ്ത ഭഗവാൻ നിങ്ങൾക്ക് സംശയം തോന്നേണ്ടതാണ് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് എല്ലാറ്റിനും ആശ്രയമായി അർജുനൻ ഭഗവാന് വരിച്ചുവെങ്കിൽ ആ ഭഗവാൻ ഭീഷ്മര വീഴ്ത്തുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് അർജുനന് ആശ്രയമായില്ല അപ്പൊ ഈ ആണും പെണ്ണും അല്ലാത്ത ഒരുത്തനെ കൊണ്ടുവന്ന് വയ്ക്കേണ്ട ആവശ്യമുണ്ടോ ഒരാള് എന്താണ് അതിന്റെ താല്പര്യം അത് ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ ശിഖ ഖണ്ഡിച്ചവനാണെന്ന് ശിഖ എന്ന് പറഞ്ഞാല് കുടുമ തലയിലത്തെ പിറകിലുള്ള ആ പ്ലഗ് പോലെയുള്ള ഒരു ആന്റിന പോലെയാണ് കാറിലൊക്കെ ആന്റിന കാറിനൊക്കെ ശിഖയുണ്ട് ആ ശി തസ്വ ശിഖായ മധ്യ ഉപനിഷത്തിൽ പറയുന്നത് ശിഖയുടെ മധ്യത്തിലാണ് അത്ര ബ്രഹ്മം ഒരു സാങ്കൽപ്പികമായിട്ടുള്ളതാണ് അപ്പൊ ഈ ശിഖ ഖണ്ഡിക്കും എപ്പോഴാണെന്ന് വെച്ചാൽ സന്യാസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ കുടുമ ഛേദിക്കുന്നത് എന്നിട്ടവിടെ അപ്പൊ ഈ കുടുമ ഛേദിക്കുന്ന ഛേദിച്ച ഒരു ആ ഭാവത്തെ സന്യാസ ഭാവത്തെ നമുക്ക് ഇവിടെ ശിഖണ്ഡി എന്ന് പേര് ചൊല്ലാം അതിലേക്കുള്ള പ്രവേശനം ആ എൻട്രൻസ് ആണ് അവിടെ സന്യാസ വിധി പ്രകാരം സന്യാസം സന്യാസത്തിലേക്ക് പോകുന്ന സന്യാസത്തെ പ്രാപിക്കുന്നവൻ ആരെന്ന് ചോദിക്കുമ്പം ആരാണ് താനെന്ന് തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട് വിരജാഹോമൊക്കെ ഉണ്ട് വിരജാഹോമത്തിലൂടെ താൻ ഈ പ്രപഞ്ചത്തിലെ പിന്നെ തനിക്ക് അതുവരെയുള്ള മൂന്ന് ബന്ധങ്ങളാണ് ഗുരു ശിഷ്യൻ ശാസ്ത്രം ഗുരുവിനോടും ശാസ്ത്രത്തോടും ഈശ്വരനോടും ക്ഷമിക്കണം ഈശ്വരനോടും മാത്രമാണ് ബന്ധം അതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ മൂന്ന് രോമം നിർത്തുന്നത് മൂന്ന് രോമത്തിൻ്റെ സംരക്ഷണത്തിനാണ് മറ്റു മുടിയും കൂടെ നിൽക്കുന്നത് അത് ഈ ഉപനയിപ്പിച്ച് പൂണൂലിനും മൂന്ന് നൂലുണ്ടാവും അത് ഗുരു ശാസ്ത്രം ഈശ്വരൻ ഇതുമായി അവനെ ബന്ധിപ്പിച്ചിരിക്കുക ഈ ബന്ധനത്തെയും പൊട്ടിച്ച് പരമമായ സത്യത്തിലേക്ക് പരിവ്രാജകനായിക്കൊണ്ട് ഒരുവൻ നടന്നു നീങ്ങുന്നതാണ് സന്യാസം സമ്യക്യാസം കാമ്യാനാം കർമ്മണ സന്യാസം അപ്പൊ അതിനു മുൻപ് അവൻ ആരെന്നുള്ള ചോദ്യത്തിന് ഹസ്താമലക ഗീതത്തിലെ സമാനമായ ഹസ്താമലകന്റെ ഉത്തരം തന്നെയാണ് നാഹം മനുഷ്യോ നജദേവയോ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ബ്രഹ്മചാരീ നഗൃീവനസ്ഥ ഭിക്ഷുർണാഹം നിജബോധരൂപ എല്ലാ ദ്വന്ദ്വങ്ങളെയും അവൻ അതിവർത്തിക്കുന്നു അതുകൊണ്ട് അവൻ പുരുഷനാണോ അല്ല സ്ത്രീയാണോ അല്ല അവൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഒന്നുമല്ല ദ്വന്ദ്വങ്ങളെ അതിവർത്തിച്ച ഭാവത്തെ പുരുഷനുമല്ല സ്ത്രീയുമല്ല എന്ന് പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു ഈ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ആൾക്കാരാണ് അതിൽ എന്താ ഈ ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണും അവരെ അവരിങ്ങനെ ട്രെയിനിലൊക്കെ വന്നിട്ട് കാശി യോഗിക്കും അവിടെ ചക്ക എന്നാണ് അവരെ പറയുക നമ്മുടെ ഇവിടുത്തെ പഴഞ്ചക്കയല്ല അപ്പൊ അങ്ങനെ ഒരാളാണ് അല്ല പുരുഷനുമല്ല സ്ത്രീയുമല്ല ബ്രഹ്മചാരിയും എന്താ ഗാർഹസ്ത്യനും വാനപ്രസ്ഥനും സന്യാസിയും ഒന്നുമല്ല ആരാണ് നിജബോധരൂപ ഈ ഒരു ഭാവത്തെ മുൻനിർത്തിയാൽ മാത്രമേ ഭയം നീങ്ങൂ ഭയത്തെ നീക്കാനുള്ള വഴിയത് ഭയമാകുന്ന ഭീഷ്മരെ ഭീഷ്മരുടെ ചെയ്തികളൊക്കെ അങ്ങനെയാണ് എല്ലാം പരിശോധിച്ചാൽ കാണാം എന്തിനു ഓരോന്നും ചെയ്ത് കൂട്ടിയത് അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇതായിരുന്നു അപ്പൊ ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ഭീഷ്മരെ വീഴ്ത്തി ശരശയ്യയിലേക്ക് എന്ന് പറയുമ്പം ഇങ്ങനെ മനസ്സിലാക്കിക്കൊള്ളുക ഈ സന്യാസഭാവത്തെ മുൻനിർത്തിക്കൊണ്ട് അർജുനൻ അവിടെ എന്ത് ചെയ്തു ഭയത്തെ ഇല്ലായ്മ ചെയ്തു ആ ഭയം നീങ്ങിക്കഴിഞ്ഞാലും വീണ്ടും ഭയം ഭയത്തിന് വരാം പക്ഷേ തൽക്കാലം അവിടുന്ന് അത് ഇല്ലാതെയാവുന്നു ഭവാൻ ഭീഷ്മ അതുപോലെ കർണൻ മഹാഭാരതത്തിന്റെ കേന്ദ്രമാണ് വേറൊരു പ്രകാരത്തിൽ പറഞ്ഞാൽ കർണന്റെ മാതൃത്വം പിതൃത്വം അജ്ഞാതമാക്കിക്കൊണ്ടാണ് കഥ പറയുന്നത് വ്യാസൻ വ്യാസൻ പറയുമ്പോൾ പറയുന്നുണ്ട് പക്ഷേ കഥയിൽ നാം വായിക്കുന്ന സമയത്ത് കാണുകയാണ് ഇതൊക്കെ മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കർണൻ എന്നത് വെറുതെ കർണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് എന്താ നമ്മൾ നോവലിലൊക്കെ വായിക്കും എന്നിട്ട് ബാക്കിയുള്ളവന്റെ ഉറക്കം പോകുമെന്ന് പറയും നോവലിന് ഗംഭീര സാധനമാണ് പരിഹസിക്കുകയല്ല പക്ഷെ നമ്മൾ കാണേണ്ടുന്ന ചില ഭാഗങ്ങളുണ്ട് എന്ന് പറയാം ആരാണ് കർണൻ കർണനെ നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ ചുറ്റുപാടില് കർണനെ തിരിച്ചറിഞ്ഞാൽ യുദ്ധം അവസാനിക്കുന്ന കർണനെ അറിയാത്തതാണ് യുദ്ധത്തിന്റെ വലിയ പ്രശ്നം ഈ പാണ്ഡവന്മാർ അത് പറയുന്നുണ്ട് പാണ്ഡവരിൽ പ്രധാനിയായിട്ടുള്ള ധർമ്മപുത്രന്നെ പറയുന്നുണ്ട് ഈ രഹസ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ യുദ്ധം ഒഴിവാക്കാമായിരുന്നു അപ്പൊ രഹസ്യം അറിഞ്ഞില്ല എന്തുകൊണ്ട് ഈ രഹസ്യത്തെ മറച്ചു അതാണ് തന്റെ സഹോദരനാണ് സ്വസഹോദരനാണെന്ന് അറിയാൻ സാധിച്ചില്ല ീഷമർ കൃപ് സമിതി ജയ അശ്വമാവികർണ സൗമദിത്തിഥൈവ അന്യേ ചൂരാ മദർത്തിയ ജീവിതശ്രകരണ ചിന്മയാനന്ദ സ്വാമികൾ പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമികൾ നല്ലൊരു കഥ പറയാറുണ്ട് ഈ ശാസ്ത്രം ശ്രവിക്കുന്നതിന് അവശ്യം വേണ്ടി നമുക്കുണ്ടായിരിക്കേണ്ടുന്ന യോഗ്യതയെക്കുറിച്ച് അത് ബോധിപ്പിക്കുന്നതിനെ കുറിച്ച് സ്വാമിജി ഒരു കഥ പറയാറുണ്ട് ചിലപ്പോ നിങ്ങൾ കേട്ടിരിക്കാം ഈ കഥ ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാ രണ്ടുറുമ്പുകളുടെ കഥയാണ് ഒരു ഉറുമ്പിന്റെ വാസം പഞ്ചസാരക്കുന്നിലും ഒരു ഉറുമ്പിന്റെ വാസം ഉപ്പുകുന്നിലും ഉപ്പുകുന്നിലെ ഉറുമ്പിനെ കണ്ട് പഞ്ചസാരക്കുന്നിലെ ഉറുമ്പ് ചോദിക്കുന്നു നീ എവിടെന്നാണ് നീ ഞങ്ങളുടെ വർഗത്തിന് തന്നെ അപമാനമാണല്ലോ കാരണം ആകെ ശോഷിച്ച് നടക്കാൻ പോലും ജീവില്ലാതെ എവിടെയാണ് നീ വസിക്കുന്നത് അപ്പൊ അത് പറഞ്ഞു ഞാൻ ഉപ്പുകുന്നിലാണ് പഞ്ചസാര കുന്നിലെ നല്ല മിടുക്കൻ നല്ല കൂട്ടപ്പൻ എന്ന് പറയാം അപ്പൊ ഈ ഉറുമ്പ് പഞ്ചസാരക്കുന്നിലെ ഉറുമ്പ് ഉപ്പുകുന്നിലെ ഉറുമ്പിനെ ക്ഷണിച്ചു എന്നാണ് സ്വാഗതമോതി എന്റെ വീട്ടിലേക്ക് വെറിൽ താമസിക്കൂ എന്നെ പോലെ നിന്നെ ഞാനാക്കാം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി എന്നാണ് ഒരാഴ്ച കൂടെ താമസിച്ചിട്ടും ഉപ്പുകുന്നിലെ ഉറുമ്പിന് യാതൊരു മാറ്റവും ഇല്ല അവസാനം രണ്ട് ഉറുമ്പുകളും കൂടെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നതാണ് ഡോക്ടർ ഡോക്ടറോട് കാര്യം പറഞ്ഞു ഉപ്പുകുന്നിലെ ഉറുമ്പിനോട് ഡോക്ടർ വായ തുറക്കാൻ പറഞ്ഞു നോക്കിയപ്പം അതിനകത്തൊരു ഉപ്പിന്റെ കല്ലുണ്ടാക്കണം അപ്പൊ ഈ ഉപ്പ് കല്ല് വെച്ചുകൊണ്ട് പഞ്ചസാരയുടെ മാധുര്യം നുകരാൻ ശ്രമിക്കുന്ന ആ ഉറുമ്പിന് ഒരിക്കലും പഞ്ചസാരയുടെ ഫലമോ പഞ്ചസാരയുടെ മാധുര്യമോ നുകരാൻ അനുഭവിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് സ്വാമിജി ഓർമ്മിപ്പിക്കുന്നു മുൻവിധികളാകുന്ന ഉപ്പുകല്ലുകളെ എടുത്തുമാറ്റാതെ നമുക്കീ ശാസ്ത്രം ശ്രവിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ സാധ്യമല്ല എന്ന് പറയാം അവിടെ സ്വാമിക്കൊന്നും ചെയ്യാനില്ല ആമുഖമായിട്ട് സ്വാമി പറഞ്ഞിരുന്നു ഈ ശാസ്ത്രം ശ്രവിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു വേള പോലും നിങ്ങൾ അയോഗ്യരായി അസമർത്ഥരായി ഭവിക്കുന്നില്ല വളരെ സ്പഷ്ടമായി വ്യക്തമായി പറഞ്ഞതാണ് സ്ത്രീകളുടെ കാര്യമൊക്കെ പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞതാണ് പക്ഷേ എന്നാലും അവർക്ക് സംശയം നോക്കൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശാസ്ത്രത്തെ അശുദ്ധമാക്കാൻ ഒരാൾ വിചാരിച്ചാലും സാധ്യമല്ല നിങ്ങളൊന്നും കൂടിയാൽ കൂടില്ലത് അത് മനസ്സിലാക്കുക ആദ്യം ഈ ഗീതാപുസ്തകം നിങ്ങളുടെ കയ്യിലേന്തി നിങ്ങളുടെ എന്താ നിങ്ങൾ പറയുന്ന അശുദ്ധമായ സമയം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഗീതാപുസ്തകത്തെ തൊട്ടതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അച്ഛേദ്യോയം അതാഹ്യോയം അക്ലേദ്യോശോഷ്യ ഏവച്ച് നിത്യസർവതസ്ഥാണുഹു അചലോയം സനാതന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്യുദാത്തമായ ആശയങ്ങളുടെ മേലിൽ കൈവയ്ക്കാൻ അതിനെ ഒരൽപ്പം പോലും പോറലേൽപ്പിക്കാൻ നിങ്ങളുടെ അശുദ്ധിക്കൊന്നും സാധ്യമല്ല ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണമായ ഈശ്വരനെ അശുദ്ധമാക്കാനും നിങ്ങൾക്കാർക്കും സാധ്യമല്ല ആദ്യം മനസ്സിലാക്കും ഭാരതീയ ദർശനം സമ്പൂർണ്ണമാണ് അത് ഭാഗികമല്ല എന്തൊക്കെയുണ്ടോ അതെല്ലാം പ്രകൃതിയാണ് പ്രകൃതിയുടെ നിയമമാണ് പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങളാണ് അല്ലാതെ ഈ സമയം ശാസ്ത്രം ശ്രവിക്കാൻ യോഗ്യമല്ല എന്നാരെങ്കിലും പറഞ്ഞുവെങ്കിൽ അത് തന്നെ വിഡിതരണം ഏ ഇതിന് ബ്രാഹ്മ മുഹൂർത്തമുണ്ട് എന്നൊക്കെയാണല്ലോ അതെ ചിന്മയാനന്ദ സ്വാമികൾ പറയും എപ്പോഴാണോ നിങ്ങൾ ശാസ്ത്രം മനനം ചെയ്യുന്നത് അതുതന്നെ ബ്രാഹ്മ അത് ചിലപ്പോൾ നട്ടുച്ചയായിരിക്കാം നിങ്ങൾ എപ്പോഴാണ് ധ്യാനിക്കുന്നത് അത് തന്നെ ബാക്കിയെല്ലാം സാങ്കല്പികമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ സംശയത്തെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് സഹചര്യവുമായി പങ്കുവെക്കാതിരിക്കൂ കുറെ കാലമായല്ലോ നമ്മൾ ഈ ശാസ്ത്രത്തിൽ നിന്ന് ആളുകളെ ഇങ്ങനെ അകറ്റി അകറ്റി നിർത്തിയിരിക്കുന്നത് ഇത് കേൾക്കാൻ എല്ലാവരും യോഗ്യരാണ് സ്ത്രീകളെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ അതിന് കല്യാണം കഴിയണമെന്നോ അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷമാണ് ഈ ശാസ്ത്ര വിചാരം എന്നൊക്കെ അതിനൊന്നും പ്രമാണമില്ല ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് യത് കരോഷി യശ്നാസി യജ്ജുഹോഷി ദദാസിത് യപസ്സി കൗന്ദേയ തത്കുരുഷമതർപ്പണം നീ എന്ത് ചെയ്യുന്നുവോ നീ എന്തൊക്കെ ആചരിക്കുന്നുവോ മനസ്സിലാക്കുക വീണ്ടും ഈ സംശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ഉപ്പുകല്ലുകളൊക്കെ എടുത്തെറിയൂ എറിയാൻ എറിയാഞ്ഞാൽ യാതൊരു നിർവാഹവുമില്ല ഇത് കേൾക്കാൻ അതുകൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കും ഒരുപാട് കാലമായിട്ട് പലതും നാം കേട്ട് കേട്ട് കേട്ട് നമ്മുടെ തലമണ്ടയ്ക്കകത്ത് അങ്ങനെ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് അമ്മമാരെ സംബന്ധിച്ചാണ് സ്ത്രീകൾക്കാണ് ഈ വിഷയത്തിലേറെ സംശയം നോക്കൂ ഇന്ദ്രനു പോലും ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യ ഉപദേശിച്ചത് ഉമയാണ് ഉമാം ഹൈമവതി സ്രഹ്മേദീ ഹൈമവതി ഹിമവാന്റെ പുത്രിയായിട്ടുള്ള ആ ഉമ പറഞ്ഞു ഇന്ദ്ര അത് ബ്രഹ്മമാകുന്നു എന്ന് ഇന്ദ്രൻ ബ്രഹ്മത്തെ അറിയുന്നത് ഉമയിൽ നിന്നാണ് ഭാരതത്തിലെ സ്ത്രീരത്നങ്ങളുണ്ട് ഉപനിഷത് വിദ്യ സ്വായത്തമാക്കിയിട്ടുള്ള അറിയാം അതിന് യോഗ്യതയായിട്ട് എന്നതൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഉപനിഷത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കിതാബൊക്കെ മടക്കിവെച്ച് ഓടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അജ്ഞാനങ്ങൾ മുഴുവൻ ഇല്ലാതെയാവും ഈ അജ്ഞാനങ്ങൾ മുഴുവൻ ഇല്ലാതെയാവട്ടെ ആദ്യം തന്നെ ശാസ്ത്രം ശ്രവിക്കുമ്പോൾ ആ ഇതരയോപനിഷത്തിൽ ഇതരയുടെ പുത്രനായിട്ടുള്ള മഹീദാസൻ ബ്രഹ്മവിദ്യ അഭ്യസിക്കുന്നതിനായിട്ട് ഗുരുവിന്റെ അടുത്തേക്ക് പോവുകയാണ് ഗുരു ചോദിക്കുന്നു ആരാണ് മോനെ നിന്റെ അച്ഛൻ നിന്റെ അച്ഛന്റെ ഗോത്രമേത് കിം ഗോത്രം പറഞ്ഞു അറിയില്ല പോയി ചോദിച്ചു വരാമറി അമ്മയോട് പോയി ചോദിച്ചു അമ്മേ അച്ഛന്റെ ഗോത്രമേതാണ് അപ്പൊ അമ്മ പറയാണ് ഉപനിഷത്താണ് കാലം അമ്മ പറയാണ് മകനെ മോനെ നിന്റെ അച്ഛനാരെന്ന് എനിക്കറിയില്ല കാരണം ഈ അമ്മ ഒരുപാട് വീടുകളിലൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് പുരുഷന്മാരെന്നെ സമീപിച്ചിട്ടുണ്ട് ഒരുപാട് പുരുഷന്മാരുമായി ശാരീരിക ബന്ധം പുലർത്തിയ നിന്റെ അച്ഛനാരെന്ന് എനിക്കറിയില്ല പക്ഷേ നീ പോയി ഗുരുവിനോട് പറയൂ ജാപാല ഗോത്രത്തിൽ നീ എന്ന് ഉപനിഷത്താണ് കാലം പറയുന്നത് അമ്മയാണ് ഒരമ്മയ്ക്ക് മകനോട് പറയാവുന്നതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ ആ മനഃശാസ്ത്രം ഉണ്ടല്ലോ ഉപനിഷത്തില് ആ ജാബാലയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കണമെങ്കിൽ മനസ്സിന് കുറേയും കൂടെ ഉയർന്ന നിലവാരം വേണം കാരണം ഇപ്പൊ ഈ സീരിയലൊക്കെ കണ്ടു കണ്ടിട്ട് നമ്മുടെ മനസ്സങ്ങനെ പോയിരിക്കുക അതെ ജാബാലയുടെ മാനസികാവസ്ഥയിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ എത്രത്തോളം സത്യസന്ധമായിരുന്നു അവരുടെ സംഭാഷണം എന്നതാണ് ഇത് കേട്ട കുട്ടി അതുപോലെ തന്നെ ഉപനിഷത്ത് ഋഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നു പറയുന്നു ഇതാണ് ഗോത്രമെന്ന് അവനെ അവനെ ഗുരു വിളിക്കുന്നു ഹേ സത്യകാമ നീ സത്യകാമനാണ് ഉപവിശതു ഇരുന്നാലും അനന്തരം ശൃണോതു എന്നിൽ നിന്നിതാ ഈ ബ്രഹ്മവിദ്യയെ നീ കേട്ടാലും ബ്രഹ്മവിദ്യയ്ക്ക് അധികാരിയായി അധികാരിത്വം നൽകുന്ന ഋഷി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ തന്തയില്ലാത്ത കുട്ടികൾ എന്നൊക്കെ പറയുമല്ലോ ആധുനിക സമൂഹം അവനെപ്പോലും മാറോടണച്ച് ഈ പ്രപഞ്ചത്തിന്റെ പരമമായ സത്യത്തെ ബോധിപ്പിച്ചു കൊടുക്കുന്ന കാരുണ്യം അതാണ് ഉപനിഷത്ത് ആ ഉപനിഷത്ത് കാലത്ത് നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നത് എന്നിട്ട് ഇവിടെ വെച്ച് നിങ്ങൾ കുറച്ചു പേര് വിചാരിക്കണം ഇത് ചിലരുടെ കുത്തകയാണ് അല്ലെങ്കിൽ ചിലർക്ക് ചില പ്രത്യേക സമയത്ത് രാവിലെ അധികാലത്ത് മൂന്ന് മണിക്ക് ഇരുന്നിങ്ങനെ ബ്ലാ ബ്ലാ ബ്ലാ പറയാനുള്ളതാണ് വെറുതെ യാന്ത്രികമായിട്ട് എന്ന് ഒന്നുമല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക അല്ലാതെ നിങ്ങൾ പ്രമാണാക്കി എടുക്കരുത് ഹേയ് അതങ്ങനെയൊന്നും പാടില്ല അത് ചില പ്രത്യേക വിഭാഗത്തിന് മാത്രം അനുവദനീയമാണ് അതിനൊക്കെ ജന്മ ജന്മാന്തരങ്ങൾ ഇന്ന പ്രകാരത്തിൽ ജനിച്ചാൽ മാത്രമേ ബ്രാഹ്മണനാണ് ബ്രഹ്മവിദ്യയ്ക്ക് അധികാരി എന്ന് പറയുമ്പം ബ്രാഹ്മണന്റെ ലക്ഷണം എന്താണെന്ന് ചോദിക്കണം സ്ത്രീകൾക്ക് ഓംന്ന് ജവിക്കാവൂ പിന്നെ ഓ എന്നിട്ട് നിങ്ങൾ ഈ ഓ എന്ന് പറയുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇന്നും വെറുതെയാണോ വിവേകാനന്ദ സ്വാമികൾ ഭ്രാന്താലയ എന്ന് പറഞ്ഞത് ഏറെ ഇവിടെയാണുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അജ്ഞാനങ്ങളൊന്നും വെച്ച് പുലർത്താതിരിക്കും ഇതിനധികാരി ഏവരും അധികാരികളാണ് നിങ്ങൾ മത്സ്യം കഴിക്കുന്നുണ്ടോ മാംസം കഴിക്കുന്നുണ്ടോ മദ്യം കഴിക്കുന്നുണ്ടോ എന്ത് കഴിക്കുന്നു എന്ത് ധരിക്കുന്നു ഒന്നും ഇവിടെ വിഷയമല്ല നിങ്ങളിത് കേൾക്കുക കേട്ടിട്ട് തീരുമാനിക്കൂ കേൾക്കാൻ നിങ്ങൾ യോഗ്യരാണ് നിങ്ങൾ കുളിക്കണോ കുളിക്കേണ്ട എന്നുള്ളതൊക്കെ അടുത്തിരിക്കുന്ന ആളെ ആശ്രയിച്ചിരിക്കുന്നു അത്രയുള്ളൂ അവർക്ക് വേണ്ടിയാവാം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവന് സുഖത്തിനായി വരേണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംശയം ഇനി സ്വാമിയോട് ചോദിക്കരുത് ദേഷ്യം പിടിക്കും സ്വാമിക്ക് അതുകൊണ്ട് സ്വാമിയുടെ പറയുന്ന ആ വ്യാഖ്യാനം ചരിത്രപരമല്ല ആരെയും നോവിക്കാൻ നമുക്ക് താല്പര്യമൊന്നുമില്ല ചരിത്രപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ തൃപ്തി അടയുന്നവർ ആ വഴിക്ക് പോയിക്കോളൂ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇതെങ്ങനെ യുദ്ധം ഉണ്ടായിട്ടുണ്ട് സ്വാമി ഇത് ഉള്ളിലാണെന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ഇത് പണ്ട് കാലത്തായിരുന്നു അവർ ആ വഴിക്ക് പോയിക്കോളും നിങ്ങളെ വെറുതെ വിട്ടു സ്വാമി ഭക്തിപരം പോയിക്കോളൂ നിങ്ങൾ ഭാഷാപരം പോയിക്കോളൂ തത്വചിന്താപരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്മുടെ ഉള്ളിലേക്കാണ്